സചിതാനന്ദരൂപായ വിശ്വോത്പത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം മഹാ സ്വയംഭു മനോനം രണ്ടു പുത്രന്മാർ പ്രിയവ്രതം ഉത്താനപാദം ഭാഗവതത്തിലും പല പേരുകളും അർത്ഥവത്തായിട്ടുള്ള പേരുകളാണ് അവർക്ക് എന്തെങ്കിലും അതിലൊരു സൂചന ഉണ്ടാവും പ്രിയവ്രത ചരിത്രം ആറാമത്തെ സ്കന്ധം ആരംഭത്തില് വരുന്നു പഞ്ചമസ്കന്ധം ആരംഭത്തിൽ പ്രിയവ്രതൻ എന്ന് വെച്ചാൽ തന്നെ നമുക്ക് കേൾക്കുമ്പോ തന്നെ അർത്ഥം മനസ്സിലാവും പ്രിയമായിരിക്കുന്നതേ വ്രതമായിട്ട് എടുത്തിട്ടുള്ള ആള് ഭഗവത് ഭക്തി ചെയ്യുന്നതേ വ്രതമായി എടുത്തിട്ടുള്ള ആൾ ഇപ്പോ ഇവിടെ ചതുർത്ഥസ്കന്ധത്തിൽ ഉത്താനപാദന്റെ കഥയാണ് പറയണത് ഉത്താനപാദൻ എന്നുവെച്ചാൽ അഖണ്ഡാന സ്വാമി ഒരു അർത്ഥം പാദം എന്ന് വെച്ചാൽ കാല് സാധാരണ എങ്ങനെയാ വേണ്ട കാല് ചുവട്ടിലെ തലമുകളിലാണ് അതാണ് നേരച്ചൊവ്വുള്ള വഴി തല ചുവട്ടിലും കാല് മുകളിലുമായ എങ്ങനെയുണ്ടാവും കാലം ഉയർത്തി പിടിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദർശങ്ങൾ അൽപ്പം തലകീഴായാൽ ഉത്താനപാതൻ ആയി ഉത്താനപാതന് രണ്ടു പത്നികൾ സുരുചിയും സുനീതിയും സുരുചി സുനീതി സുരുചി വെച്ചാൽ രുചിക്കുന്നത് അല്ലെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നീതി എന്ന് വെച്ചാലോ നീതി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തപസ് എന്നാണ് സാധാരണ എല്ലാവർക്കും ഏതാ ഇഷ്ടപ്പെടുക രുചിക്കണതോ അല്ലാതെ തപസ്സോ രുചിക്കണത്തിലാണ് എല്ലാവർക്കും ഇഷ്ടം രുചിയാണ് വേണ്ടത് നമുക്ക് അതൽപ്പം ദോഷം ചെയ്താലും വേണ്ടില്ല രുചിക്കണതാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമുക്ക് ഇഷ്ടപ്പെടും സുരുചിയുടെ ഉത്തമൻ സുനീതിയുടെ ധ്രുവൻ ധ്രുവം എന്ന് വെച്ചാലും നിത്യം എന്നാണ് അർത്ഥം നിത്യമായിട്ടുള്ളത് ധ്രുവം അനിത്യമായിട്ടുള്ളത് അധ്രുവം ഉപനിഷത്ത് പറയുന്നു അറിവുള്ളവരെ ഇതിനെ രണ്ടിനേക്കും വേർതിരിച്ച് ധ്രുവം അധ്രുവേഷിഹ് ഇഹപ്രാർത്ഥയത്തെ അധ്രുവത്തിനെ മാറ്റി നിർത്തി ധ്രുവത്തിനെ സ്വീകരിക്കും നിത്യമായിട്ടുള്ളതിനെ സ്വീകരിക്കും ഇവിടെ ഉത്താനപാതന സുരുചിയോടാണ് വളരെ പ്രിയം സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ വീട്ടില് രണ്ടു കുട്ടികളുണ്ടെങ്കിൽ സാധാരണ ഒരു പതിവ് ആദ്യ ഒരു കുട്ടി ജനിക്കുമ്പോൾ വളരെ ലാളിക്കും രണ്ടാമത്തെ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ മേലെയാവും പിന്നെ ശ്രദ്ധ മൂത്ത കുട്ടിയെ പറയാം അത് പോരാ ഈ കുട്ടി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ ചെറിയ കുട്ടി നല്ല സാമർത്ഥ്യമുള്ള കുട്ടിയാണ് മൂത്ത കുട്ടി പോരാ എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറയുമോറും ഈ കുട്ടിക്കുള്ളിൽ മനസ്സിൽ വിഷമം ഉണ്ടായി തുടങ്ങും ഒരു ഭേദവും കാണിക്കാതെ കുട്ടികളെ വളർത്തണം കുട്ടികളെ വളർത്തുമ്പോ രണ്ടു കുട്ടികളും ഒരേപോലെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ സുരുചിയുടെ ഉത്തമനെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം രാജാവ് ഇരിക്കുകയാണ് സുനീതിയുടെ പുത്രനായ ധ്രുവൻ അച്ഛന്റെ മടിയിലിരിക്കണം എന്ന് കുട്ടിക്ക് ആശ കുട്ടി ഓടി വരുന്നു അഞ്ചു കുട്ടി എനിക്കും അച്ഛന്റെ മടിയിലിരിക്കണം ഓടിവരികയാണ് മടിയിൽ കയറിയിരിക്കാൻ പുറപ്പെട്ടപ്പോ സുരുചി വലിച്ചു ചുവട്ടിലിട്ടു കുട്ടികൾക്ക് എന്താ ഉദ്ദേശം ഭാവം അനിയൻ കയറിയിരിക്കണം ഞാനും കയറിയിരിക്കണം അത്രയുള്ളൂ സുരുചി നമ്മളുടെ കാലുഷ്യമൊക്കെ നമ്മൾ കുട്ടികളുടെ മേലെ ആരോപിക്കും അവൾ പറയണത് ന വത്സ നൃപത്തെഹെ ധിഷ്ഞം ഭവാൻ ആരോടുമർഹതി കുട്ടി കുഞ്ഞെ ഇപ്പൊ അച്ഛന്റെ മടിയിൽ കയറിയിരുന്ന നാളെ സിംഹാസനത്തിൽ ഇരിക്കാം എന്ന് മോഹിക്കണ്ടാട്ടോ മയായത്വം കുച്ഛാവ പി നൃപാത്മജ ജനിച്ചിട്ടില്ല എന്റെ ഗർഭത്തിൽ ജനിച്ചാലേ എന്റെ വയറ്റിൽ വന്ന് എന്റെ പുത്രനായിട്ട് ജനിച്ചാലേ അച്ഛന്റെ വടിയിലിരിക്കാൻ നോക്കുള്ളൂ അപ്പൊ തനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ പോയി തപസ് ചെയ്യൂ തപസ് ആരാധ്യ പുരുഷം തസൈവ ഗർഭേത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം ഈ നൃപാസനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിക്കാം അത്രയുമൊക്കെ ശരി അത് ആർക്ക് ആരുപദേശിച്ചാലും നമുക്ക് സ്വീകരിക്കാം അല്ലെ ഭഗവാനെ ആരാധിക്കും എന്ന് നമ്മളുടെ ശത്രുക്കൾ പറഞ്ഞാൽ പോലും നമ്മൾ ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞാൽ പക്ഷേ ഇവൾ രണ്ടാമത് പറഞ്ഞ വാക്ക് ആരാധിച്ച എന്റെ ഗർഭത്തിൽ വന്ന് ജനിക്കാം പുനർന്ന തസ്യ അംഗഗുഹാപ്രവേശ ഭഗവാനെ ആരാധിച്ചാൽ പിന്നെ ഗർഭത്തിൽ പ്രവേശിക്കണം ആ ആരാധന മുടക്കിയതിന്റെ ഫലമാണിപ്പോൾ ഗർഭത്തിൽ വന്ന് വീണതേ ആ ആരാധനുണ്ടെങ്കിൽ പിന്നീട് ഗർഭത്തിൽ പ്രവേശിക്കണം എന്നാൽ ഇവള് പറയണത് ആരാധിച്ചിട്ട് എന്റെ ഗർഭത്തിൽ വന്ന് ജനിക്കാം കുട്ടിക്ക് അരഞ്ഞുകൊണ്ട് ഓടി ആരും സമാധാനിപ്പിക്കാനില്ല കുട്ടിയുടെ ഉള്ളില് ക്ഷാത്ര വൈര്യം ധ്രുവൻ തന്നെ പറ സഹിക്കുകയ്യാന്നാണ് ക്ഷാത്രം ഘോരമുപേ ചിന്നക്കുഴന്തകനാണ് കുഴന്തയ്ക്കും താങ്ക പിടിയല്ലേ ചിന്നക്കുഴന്തകൾ നമ്മൾ നനച്ചു പോകും എല്ലാം പരിഷാ കുഴാ ഇപ്പം വാളാർക്കാളാർപ്പം വാളാ കുഴാം കുഴാം കുഴക്കുള്ള കുഴും എല്ലാം വയസ്സായിട്ട് തലയെല്ലാം നരച്ചുവിടുത്തേ കഷണ്ടി ആയിട്ട് അപ്പം നെനച്ചിട്ട പല്ലു പോയിട്ട് നെച്ചിണ്ട കുഴഞ്ഞ ഇമ്മെച്ചുവരാ ചുള്ള പെരിയ തനം ഇറക്കും ചിലപ്പോ കുട്ടി കരഞ്ഞുകൊണ്ടേ അമ്മയുടെ അടുത്തേക്ക് ഓടി സാധാരണ ഒരു അമ്മയാണെങ്കിൽ ചിലപ്പോ കുട്ടിക്ക് രണ്ട് അടി കിട്ടും ആരാ പോവാൻ പറഞ്ഞത് അവൾ ഉള്ളപ്പോ അവളുടെ അടുത്തേക്ക് എന്തിനാ പോയത് കുട്ടി ചിറ്റമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരിക ആ ചിറ്റമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടുവരികയാണ് മാമംഗളം താതപരേഷമംസ്ഥേജനോ യത് പരദുഃഖദസ്ഥത് മാ അമംഗളം താതപരേഷു മംസ്ഥ കുഞ്ഞേ അപ്പനെ പരത്യാറോപത്തി എതും നനച്ചു കെ അമംഗളമാ എതും നനച്ചു കാല നമ്മ ദുഃഖം നമ്മ കർമ്മവനെതാ നമുക്ക് തൊമ്പ വരത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് തിരിച്ചു വരുന്നത് സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോ ആരെങ്കിലും കുറ്റം കാണും അവര് പറഞ്ഞിട്ടാണ് എനിക്ക് ദോഷം ഉണ്ടായത് പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരുമ്പോ പോസ്റ്റ്മാനെ ചീത്ത പറയാൻ പാടുമോ ആരോ നമ്മളെ ചീത്ത പറഞ്ഞ് ലെറ്റർ എഴുതി ടെലഗ്രാം കൊണ്ടുവരും പഴയകാലത്ത് ഇപ്പോഴൊക്കെ അതൊക്കെ പോയി ഒരു ചുവന്ന സൈക്കിളിൽ ടെലഗ്രാമുമായിട്ട് വരും ഗ്രാമത്തിലേക്ക് വരുമ്പോ ആ ടെലഗ്രാം കൊണ്ടുവരുന്ന ആൾക്ക് തന്നെ യമൻ എന്നാണ് പേര് എന്താണെന്ന് വെച്ചാൽ അധികവും ആണ് കൊണ്ടുവരണത് ആരെങ്കിലും പോയി മരിച്ചു എന്നുള്ള ന്യൂസ് ആയിരിക്കും അയാൾ എന്ത് ചെയ്യും ആരോ അയച്ചിരിക്കണോ ആ ലെറ്ററും കൊണ്ടുവരും ഇവിടെ ഇപ്പോ നമ്മൾ തന്നെ അയച്ച ലെറ്ററാണ് നമുക്ക് തിരിച്ചു വരുന്നത് നമ്മൾ തന്നെ അയച്ചതാണ് നമുക്ക് തിരിച്ചു വരുന്നത് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു കുഞ്ഞ് അമംഗളമായിട്ടൊന്നും ചിന്തിക്കരുത് നമുക്ക് കിട്ടേണ്ടതാണ് നമുക്ക് കിട്ടുന്നത് ചിറ്റമ്മ പറഞ്ഞു തന്നതാണെങ്കിലും ഭഗവതാരാധനയ്ക്കുള്ള ഉപദേശം സ്വീകരിക്കാം ആതിഷ്ടത്താദ വിമത്സരസ്ത്വം ഉം സമാത്ര ഉത്തം സമാ യദവ്യണീകം ആരാധയ അധോക്ഷജ പാദപത്മം യതീക്ഷസേധ്യാസനമുത്തമോ യഥ ആരാധയ ഭഗവാൻ ഭാഗവതത്തിലുള്ള മനോഹരമായ പേരുകളിലൊരു പേരാണ് അധോക്ഷത് അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നൊക്കെ അർത്ഥമുണ്ട് സാധാരണ അക്ഷങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ പുറമേക്കാണ് പുറമേക്ക് തിരിഞ്ഞിട്ടാണ് ഭഗവാൻ തന്നെ അങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് നമ്മളെയൊക്കെ ഭഗവാൻ പതിച്ചു അത്ര കണ്ണും ചെവിയും ഒക്കെ പുറമേക്ക് തിരിച്ചു വെച്ച് അകത്തു പോയിരുന്നു എന്നിട്ട് ഉള്ളിൽ നോക്കൂ ഉള്ളിൽ നോക്കുന്നതിന് എങ്ങനെ നോക്കൂ പരാഞ്ചിഖാനി വ്യതിണ സ്വയംഭൂ അപ്പൊ അക്ഷങ്ങളൊക്കെ പുറമേക്ക് തിരിച്ചു വെച്ചു ആ ഇന്ദ്രിയങ്ങളെയൊക്കെ കശ്യധീരഹ പ്രത്യകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ ഈ അക്ഷങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ച് കണ്ണുകളഞ്ചും ഉള്ളടക്കി തരുതരെ വീണു വണങ്ങി വോതിടേണം ആ അഞ്ചു ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് തിരിക്കുമ്പോ ഉള്ളിൽ പ്രകാശിക്കുന്നവനാണ് അധോക്ഷത് അക്ഷമൊക്കെ ഉള്ളിൽ തിരിഞ്ഞു കഴിയുമ്പോ ഉള്ളിൽ പ്രകാശിക്കുന്ന ഭഗവത് സ്വരൂപത്തിന് പേരാണ് ഭാഗവതം കൊണ്ടുവന്ന പേരാണ് അധോക്ഷജൻ ആരാധയ അധോക്ഷജ പാദപത്മം ഒരമ്മ കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് ഇതാണ് ധ്രുവചരിത്രത്തില് സാധാരണ ആളുകൾക്കിപ്പോ എന്തുണ്ട് എന്ന് വെച്ചാൽ അമ്മമാർക്കൊരു ഉപദേശമാണ് കുട്ടിക്ക് അമ്മ ആദ്യത്തെ ഗുരു പിന്നെ അച്ഛൻ ഗുരു പിന്നെയാണ് ആചാര്യൻ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ വേദ ആചാര്യസ്വാമികൾ പലവട്ടം ഇതെടുത്ത് ഉദ്ധരിക്കും മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ആദ്യം അമ്മ പിന്നെ അച്ഛൻ പിന്നെ ആചാര്യെന്നാണ് എന്നാലേ ശരിയാവുള്ളൂ എന്താ ആദ്യം കുട്ടിക്ക് ഏറ്റവും വിശ്വാസ അമ്മയാണ് ചെറിയ കുട്ടികളെ നമുക്ക് കാണാം അമ്മയുടെ മടിയിലിരിക്കാനാണ് ഇഷ്ടം ആര് വിളിച്ചാലും പോവില്ല അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ഒരു രക്ഷയാണ് ആ അമ്മ ആദ്യത്തെ ഗുരു ഗുരു എന്ന് വെച്ചാൽ അമ്മ എന്ത് പഠിപ്പിക്കണം ആരാധയ അധോക്ഷജപാദപത്മം എന്ന് അമ്മ പഠിപ്പിച്ചാലേ ഒക്കു ചെറിയ കുട്ടിക്ക് അമ്മ പതുക്കെ നാമഞ്ചൊല്ലി പഠിപ്പിക്കണം അമ്മ ഭഗവത് ഭക്തിയെ ഊട്ടി വളർത്തണം ഗർഭത്തിലിരിക്കുമ്പോൾ മുതൽ തുടങ്ങണം എന്നുള്ളത് പ്രഹ്ലാദന്റെ കഥയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഗർഭത്തിൽ ശിശുവിനെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോ തപസ് തുടങ്ങണം ഭഗവത് ആരാധന തുടങ്ങണം പുറത്തു വന്ന കുട്ടിയെ അമ്മ എങ്ങനെ വളർത്തണം ഇവിടെ സുനീതി കാണിച്ച തരെയാണ് ആരാധയ അധോക്ഷജ പാദപത്മം ഈ കഥ പറയുമ്പോഴൊക്കെ എനിക്കൊരു കഥ ഓർമ്മ വരും മദാലസ എന്ന് പറയുന്ന ഒരു രാജ്ഞി ആ രാജ്ഞിക്ക് ജനിക്കുന്ന കുട്ടികളെയൊക്കെ തൊട്ടിയിലിട്ടാട്ടുന്ന ആ വയസ്സ് കുട്ടികളെയൊക്കെ വളർത്തുകയാണ് വളർത്തുമ്പോഴൊക്കെ അമ്മ പാടും സാധാരണ കുട്ടികൾ കരയുമ്പോൾ നമ്മളൊക്കെ താരാട്ട് പാടും അല്ലെ കുട്ടികളെ താരാട്ടുപാടും ഉറക്കാനായിട്ട് താരാട്ടുപാടും ഈ അമ്മ ഉണർത്താനായിട്ട് താരാട്ടുപാടി നമ്മൾ പാടും സാധാരണ താരാട്ടം എന്താ പാടാ ആരാരോ ആരി അല്ലേ അതിൽ തന്നെ ഒരാള് പറയും അത് തത്വമാണെന്നാണ് ആരാരോ നീ ആരാണ് എവിടുന്നാ വന്നത് കുഞ്ഞെ ആരാരോ നീ ആരോ ഞാൻ ആരോ എവിടുന്ന് വന്നോ എവിടുന്നോ ബന്ധം നമുക്ക് തമ്മില് എന്നാണ് അത്ര ഈ മദാലസ ഓരോ കുട്ടിയും തൊട്ടിലിട്ടാട്ടുമ്പോ കരയിന് കുഞ്ഞ് കരയുമോ കുഞ്ഞേ കരേത് കിം നാമ റോദിഷി ശിശോ നചത്തെസ്തി കാദിഷി ശിശോ നചത്തെ പ്രലോഭാമ റോദിഷി ശിശോ നചത്തെ വിമോഹോ ജാനാമൃം സമരസം ഗഗനോപമോസി ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായാ പരിവർജിത നീ ശുദ്ധനാണ് നീ ബുദ്ധനാണ് നിരഞ്ജനാണ് പ്രപഞ്ചത്തിന്റെ കളങ്കമായ ഒന്നും തന്നെ ഉള്ളിലേശിയിട്ടേയില്ല യാതൊന്നും തന്നെ സ്പർശിക്കില്ല നീ ശരീരമല്ല ആത്മാവാണ് എന്ന ആ അമ്മ അമ്മ ജ്ഞാനിയായ ഒരു മാതാവ് കുട്ടികളെയൊക്കെ പാടി പാടിയോ കരയുമ്പോഴൊക്കെ ഈ മന്ത്രം ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി മന്ത്രം പാട്ടിന്റെ രൂപത്തിൽ ചൊല്ലി വളരുന്ന കുട്ടികളൊക്കെ ജ്ഞാനികളായിട്ട് തീർന്നു ജ്ഞാനികളായി തീർന്നു കൊണ്ട് മാത്രമല്ല രാജ്യം സ്വീകരിക്കാതെ ഞങ്ങൾക്ക് രാജ്യഭരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു ഒക്കെ ജീവൻ മുക്തന്മാരായി അവസാനം രാജാവ് പറഞ്ഞു നീ ഇങ്ങനെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ജ്ഞാനികളാക്കിയാൽ ആര് രാജ്യം ഭരിക്കും രാജ്യം ഭരിക്കാനായി ഞങ്ങൾക്കൊരാളെ വിട്ടുതരൂ ഒരു കുട്ടിയെ അമ്മയിൽ നിന്നും മാറ്റി വളർത്തി ആ കുട്ടി അമ്മ മരിക്കാനാവുമ്പോൾ അദ്ദേഹം രാജാവായി ആ പുത്രൻ അമ്മ മരിക്കാനാവുമ്പോൾ പുത്രനെ അടുത്ത് വിളിച്ചിട്ട് ഒരു പെട്ടി കൊടുത്തു കയ്യിൽ എന്നിട്ട് പറഞ്ഞു എപ്പോഴെങ്കിലും സഹിക്കാത്ത ദുഃഖം വരുമ്പോ മാത്രം ഈ പെട്ടി തുറക്ക അതിനു മുമ്പ് തുറക്കരുത് ആ പെട്ടി കൈ കൊടുത്തു ഈ കുട്ടി രാജ്യഭരണമൊക്കെ നടത്തി അമ്മ മരിച്ചുപോയി കുറെ കാലം കഴിഞ്ഞ് ഈ അവധൂതന്മാരായിപ്പോയ ജ്യേഷ്ഠന്മാരുണ്ടല്ലോ സന്യാസികളായിപ്പോയവര് കുറേ കാലം കഴിഞ്ഞു ഇദ്ദേഹം രാജാവായി വിവാഹിതരായി കുട്ടികളൊക്കെ ഉണ്ടായി അവരും ഒക്കെ വലുതായി കഴിഞ്ഞു അവരൊക്കെ രാജ്യം ഭരിക്കാനുള്ള വയസ്സായപ്പോ ഈ പോയവരൊക്കെ തിരിച്ചു വന്നു ഏട്ടന്മാര് എന്നിട്ട് അവരൊരു നാടകം നടത്തി ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞു ബഹളം കൂട്ട ഈ രാജ്യം ഞങ്ങൾക്കുള്ളതാണ് ഈ രാജ്യം ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ബഹളം കൂട്ടി ഇപ്പൊ ഏട്ടന്മാരാ വന്ന് ചോദിക്കണത് ഇവരൊക്കെ എന്ത് സന്യാസികൾ ഒക്കെ സന്യാസികളായിപ്പോയി ഇപ്പൊ തിരിച്ചു വന്നിട്ട് രാജ്യം വേണമെന്ന് ചോദിക്കണമല്ലോ എന്ന് വിഷമിച്ചു സഹിക്കവയ്യാതെ ദുഃഖത്തോടുകൂടെ ഒരു മുറിയിൽ ചെന്ന അമ്മ കൊടുത്ത ആ പെട്ടി അങ്ങോട്ട് തുറന്നു തുറന്നപ്പോ ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായ പരിവർജിതോ സി നിശുദ്ധനാണ് ബുദ്ധനാണ് നിരഞ്ജനാണ് യാതൊരു കളങ്കവും തന്നെ സ്പർശിക്കണില്ല എന്ന അമ്മയുടെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായി ജ്ഞാനും പ്രകാശിച്ചു ഏട്ടന്മാരോട് പറഞ്ഞു രാജ്യമൊക്കെ എടുത്തുള്ള എനിക്ക് വേണ്ട ഏട്ടന്മാർ പറഞ്ഞു അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വരൂ പോവാ വയസ്സായിരിക്കണം എത്ര കാലം നീങ്ങനെ ഇരിക്കും എന്നൊന്ന് കൂട്ടിക്കൊണ്ടുപോയത്ര ഇവർക്കെല്ലാവർക്കും ഗുരു അമ്മയാണ് ആ അമ്മ കുഞ്ഞുങ്ങൾക്ക് ഉപദേശിച്ച് ഉപദേശിച്ച് ഉപദേശിച്ച് മുലപ്പാലോടൊപ്പം ജ്ഞാനവും കൊടുത്തുവെന്നാണ് പാലിനോടൊപ്പം ജ്ഞാനം വരണത്രെ ആചാര്യസ്വാമികൾ സൗന്ദര്യ ലഹരിയിൽ പറയണു അമ്മയുടെ പാലിനോടൊപ്പം ജ്ഞാനം വന്നിട്ടാണ് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത ജ്ഞാനസംബന്ധരെ ആലോ കുറിച്ചും ഒരുപക്ഷെ ആചാര്യസ്വാമികൾ തന്നെ കുറിച്ച് തന്നെ പറയുന്ന ശ്ലോകമായിരിക്കും എന്നാണ് തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഹ പയ പാരാവാം പരിവഹതി സാരസ്വതൈവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവയത് കവീനം പ്രൗഢാ അജനി കമനീയ കവയിത ഇവിടെ ീതി ധ്രുവന് ഉപദേശം കൊടുക്കുകയാണ് കുഞ്ഞെ ഭഗവാനെ ആരാധന ചെയ്യൂ ആരാധയ അതോക്ഷജ പാദപത്മം പക്ഷേ അമ്മ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു യദീക്ഷസേ അധ്യാസനമുത്തമോയത ഉത്തമനെ പോലെ ആ ആസനത്തിൽ ഇരിക്കണമെങ്കിൽ ഭഗവാനെ ആരാധിക്കൂ ഒരുപക്ഷെ സുനീതി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കുട്ടി കാട്ടിലേക്ക് പോകുന്നു എവിടെയെങ്കിലുമൊക്കെ പൂജാമുറിയിലിരുന്ന് നാമം ചൊല്ലു ആയിരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും അഞ്ചു വയസ്സ് കുട്ടിയുണ്ട് ഇറങ്ങി നടന്നു വീട്ടെന്ന് എവിടേക്കാണെന്ന് അറിയില്ല തപസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല ഭഗവാനെ ആരാധിക്കണം എന്നുള്ള ഒരേ ഒരു ഉത്കടമായ ഒരു ആഗ്രഹം ഉള്ളൂ നമുക്ക് ഗുരുവ നമ്മൾ അന്വേഷിക്കേണ്ട ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ ഗുരുവിനെ ഭഗവാൻ പറഞ്ഞേക്കും കുട്ടി ഗുരുവിനെ ഒന്നും അന്വേഷിച്ചില്ല തപസ് എന്താണെന്ന് പോലും അന്വേഷിച്ചില്ല ഇറങ്ങി നടന്നു മനസ്സുകൊണ്ട് ഭാവന ചെയ്യണം കൊച്ചുകുട്ടി അഞ്ചു വയസ്സുകുട്ടി കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന പ്രായം ഇതാ ഈ കുട്ടികൾ മുമ്പിലുള്ള ഈ കുട്ടികളെക്കാളുമൊക്കെ ചെറിയ കുട്ടി അഞ്ചു വയസ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അപൂർവം അങ്ങനത്തെ ചില കേസുകളൊക്കെ കാണാം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ജ്ഞാനം ഭക്തിയും ഉയർന്ന അനുഭൂതിയും യുടെ ഒരു മഹാത്മാവിനെ കണ്ടു കേരളത്തിലെ ആളാണ് അദ്ദേഹം വടക്ക് പതിനഞ്ചു വയസ്സിൽ സന്യാസം സ്വീകരിച്ചിരിക്കുന്നു നല്ല ശാസ്ത്രജ്ഞാനം അപക്വമായതൊന്നുമല്ല അപക്വമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും കേരളത്തിലെ ഏതോ വംശത്ത് ജനിച്ചതാ പതിനഞ്ച് വയസ്സിൽ ഇപ്പൊ അദ്ദേഹത്തിന് പത്തിരുപത്തി ഏഴ് വയസ്സായി അപൂർവം വളരെ ചെറുപ്പത്തില് പക്വത ഈ കുട്ടി അഞ്ചു വയസ്സിൽ ഇറങ്ങി നടന്നു പോകുന്ന വഴിയിൽ ഭഗവാൻ നാരദ മഹർഷിയെ പറഞ്ഞയച്ചു നാരദം വരുന്നു കുട്ടിക്ക് കണ്ടപ്പോൾ തന്നെ നാരദനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വീണ് നമസ്കരിച്ചു നാരദൻ മുട്ടുകുത്തിയിരുന്നു കുട്ടിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ തൊടും അത്രയേ ഉള്ളൂ ഉയരം മുഖത്ത് പിടിച്ച് എവിടയ്ക്കാ പോ എവിടേക്കാ പോണ് കുഞ്ഞു പറഞ്ഞു ഞാനേ തപസ് ചെയ്യാൻ പോവാം തപസ്സോ തപസ് ചെയ്യാനുള്ള വയസ്സാണോ അത് കുറച്ച് കഴിഞ്ഞാൽ വിശക്കും തിരിച്ചു പോവും പാല് കുടിക്കാൻ വിശക്കും പാല് കുടിക്കണ്ടേ തിരിച്ചു പോവും ഇപ്പോഴൊന്നും തപസ് ചെയ്യാനായിട്ടില്ല എന്തിനാ തപസ് ചെയ്യണം എന്നെ ചിറ്റമ്മ അപമാനിച്ചു എനിക്കാ അപമാനം സഹിക്കവയ്യ ഞാൻ കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോവാണ് ചിന്ന കുഴഞ്ഞ കുഴഞ്ഞപസ് പണ പോ കാട്ടിലെ പോയി ചിറ്റി തട്ടിവിട്ട് താങ്ക മുടലയെ നപസ് പണ പോയ ഉനക്ക് എന്ന സമ്മാനം എല്ലാം വെച്ചിട്ട അജ്ഞാനത്തിനാല അപമാനം സമ്മാനം അപ്പെല്ലാം തോന്നുന്നത് നാതുനാപ്പി അപമാനം വാ സമ്മാനം വാതുനാപ്പി അവമാനം വാ അവമാനം തേ സമ്മാനം വാപ്പി പുത്രക ലക്ഷയാമ കുമാരസ്യ ശക്ത കീടനാധിഷു ചെറിയ കുട്ടി കളിപ്പാട്ടമൊക്കെ വെച്ച് വിളയാ കളിക്കുന്ന പ്രായം ബമ്മയെല്ലാം വെച്ച് വിളയാട്ര വയസ്സിലെ ഉനക്ക് എന്ന അപമാനം സമ്മാനം എല്ലാം വെച്ചിരുക്ക് തപസ് പെല്ലാം ആകലെ തുമ്പപ്പോ കുട്ടി പറഞ്ഞു ആരുത മഹർഷി അങ്ങ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവന ഘോരം ക്ഷാത്രമുപേയുഷ ഘോരമായ ക്ഷത്രിയ വീര്യം എന്റെ ഉള്ളിലുണ്ട് എനിക്ക് അപമാനം സഹിക്കവയ്യ അതുകൊണ്ട് അങ്ങ് എന്നെ തിരിച്ചു പോവാൻ പറയരുത് ശരി തപസ് എങ്ങനെ ചെയ്യും അതിനല്ലേ അങ്ങ് വന്നിരിക്കണത് എനിക്ക് പറഞ്ഞുതരാൻ എനിക്കെന്തിനാ അറിയണം ഞാൻ പുറപ്പെട്ടു ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് നടന്നു ഇപ്പൊ അങ്ങ് എന്റെ മുമ്പിൽ വന്നുവല്ലോ തപസ് എന്താന്ന് കാണിച്ചു പറഞ്ഞു തരാം തപസ് എന്താന്ന് പറഞ്ഞു തരൂ നാരദൻ കുട്ടിയെ ആലിംഗനം ചെയ്തു കുഞ്ഞെ അമ്മ പറഞ്ഞു തന്നത് തന്നെ മാർഗം ജനന്യാ അഭിതപന്ഥാ സബൈ നിശ്രേസസ്യത്തെ ഭഗവാൻ വാസുദേവ തം ഭജ തത് പ്രവണാത്മന പ്രേമത്തോടുകൂടെ ഭഗവാനെ ഭജിക്കാം കൃഷ്ണനെ ഭജിക്കാം യമുനാതീരത്തിൽ മധുവനത്തിൽ ചെന്ന് ഭഗവാനെ തപസ്സ് ചെയ്യൂ എങ്ങനെയാ ഏത് രൂപമാ ഭഗവാന്റെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാ ധ്യാനിക്കേണ്ടത് മധുവനം തീർത്ഥക്ഷേത്രമാണ് തപസ് ചെയ്യാൻ ഒരു തീർത്ഥക്ഷേത്രം കാണിച്ചു കൊടുത്തു ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ശുചൗദേശയെ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഹ ശുദ്ധമായ സ്ഥലത്തിരുന്ന് ധ്യാനിക്കണമോ ശുദ്ധമായ സ്ഥലം എന്ന് വെച്ചാൽ ചിലപ്പോ വ്യാഖ്യാനമൊക്കെ നോക്കിയാൽ ഒരു ക്ലീൻ സ്പോട്ട് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും ക്ലീൻ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ ഹോട്ടലിലൊക്കെ ഇരുന്നാൽ ക്ലീനായിരിക്കും നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയിൽ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റും ഗുരുവായൂരപ്പന്റെ മുമ്പില് ആ ബഹളത്തിലിരുന്നാലും ധ്യാനിക്കാം അവിടെ ചെന്ന് ആ ബഹളത്തിന് നടുവിൽ എവിടെയെങ്കിലും ഇരുന്നാലും ധ്യാനിക്കാം ഇത്രയും ജനങ്ങൾ വരുന്നു പോകുന്നു ശബ്ദം ധ്യാനിക്കാം അപ്പൊ ശുചൗദേശേ എന്നുള്ളതിന് തീർത്ഥക്ഷേത്രം എന്നർത്ഥം പവിത്രമായ സ്ഥാനം പവിത്ര സ്ഥാനത്തിരുന്നാൽ എളുപ്പത്തിൽ മനസ്സ് ഭഗവത് സ്വരൂപത്തിൽ നിൽക്കും അതുകൊണ്ടാണ് ഈ മധുവനത്തിലേക്ക് തപസിനായിട്ട് പറഞ്ഞിരിക്കുന്നത് മധുവനത്തിൽ ചെന്ന് ഭഗവാന്റെ ദിവ്യരൂപവും വർണ്ണിച്ചു കൊടുത്തു നാരദമഹർഷി കുട്ടിക്ക് ധ്യാനിക്കാനായി ഒരു രൂപം വർണ്ണിച്ചു കൊടുത്തു പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനെക്ഷണം സുനാസം സുബ്രുവം ചാരു കപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേ ക്ഷണാധരം പ്രണതാശ്രയണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗാപത്മൈ അഭിവ്യക്തചതുർഭുജം ഭഗവാന്റെ ദിവ്യരൂപത്തിനെ വർണ്ണിച്ചു കൊടുത്തു ഭഗവാന്റെ മുഖം മുതൽ പാദത്തിലേക്കുള്ള വർണ്ണനയാണ് പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനെക്ഷണം സുനാസം സുഭ്രുവം ചുക്കോണം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നൃം ശരണ്യം കരുണാർണവം പ്രസന്നമായി സുന്ദരമായ ഭഗവാന്റെ മുഖം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു കരുണാസമുദ്രം ഗുരുവായൂരപ്പനെ വർണ്ണിക്കുമ്പോൾ ധ്യാനശ്ലോകം എന്താ കരുണാസമുദ്രം ആ കരുണെ എവിടെ കാണുന്നു എന്ന് വെച്ചാൽ ഭഗവാന്റെ നോട്ടത്തിൽ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ ദൃഷ്ടി നമ്മളുടെ മേലെ വീഴുമ്പോൾ ആ ദൃഷ്ടിയിലാണ് കാരുണ്യം കരുണാർണവം കരുണാർണവം എന്ന് വെച്ചാലും കരുണാസമുദ്രംെന്ന് വെച്ചാലും ഒന്ന് തന്നെ ശരണ്യം കരുണാർണവം നമുക്ക് ഭാവം ഉണ്ടാവണം ധ്യാനം ചെയ്യുമ്പോ ഭാസുരോ ഭാവബന്ധ ഭഗവാനോട് ഭാവബന്ധം ഉണ്ടാവണം ആ ഭാവബന്ധം ഉണ്ടാവണമെങ്കിലോ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ കാരുണ്യം കാണണം മൃഗനാഥ് സ്വാമികൾ ഗുരുവിനെ സ്തുതിച്ചു കൊണ്ട് മുപ്പതിനായിരം പാട്ടുകൾ അല്ല ഒരു പാട്ടിലമണർ തന്നെ പാത്തത ചൽറാർ അത് പാത്ത തിരുക്കണ്ണോക്കം അപ്പം അതിൽ ചർ അണാമലൈ രമണൻ കണ്ണാൽ പെയ്യും കരുണെ അപ്പം കണ്ണാല വന്ന് അത് മഴ പെയ്യാ മാതെ കരുണെ അന്ത കരുണൈ ദൃഷ്ടി നമ്മളെ വിടരുത് അന്ത ഭാവം ഏർപ്പെട്ടെടുത്തിട്ട അപ്പം ധ്യാനം വന്നു പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്ന വധനക്ഷണം സുനാസം ഭഗവാന്റെ ദിവ്യൂപത്തിൽ ഓരോ അംഗങ്ങളും ഭഗവാന്റെ സുന്ദരമായ വതനം വിശാലമായ താമരക്കണ്ണുകൾ ആ കണ്ണിലോ കരുണ സമുദ്രത്തിൽ അലയടിക്കുന്ന പോലെ കരുണ അടിക്കുന്നു ഓരോ അംഗങ്ങളായിട്ട് ധ്യാനിച്ചു കൊണ്ടുവരാനായിട്ട് പറഞ്ഞു കൊടുത്തു ശങ്കചക്ര ഗതാപത്മധാരിയായി ഭഗവാൻ ചതുർഭുജമൂർത്തിയായി പ്രകാശിക്കുന്നത് ഹൃദയത്തിൽ ധ്യാനിക്കാൻ വർണ്ണിച്ചു കൊടുത്തു അതോടെ ദ്വാദശാക്ഷരി ഉപദേശവും ചെയ്തു വാസുദേവ മന്ത്രത്തിനെ ഉപദേശിച്ചു ഈ വാസുദേവ മന്ത്രം ഏഴ് രാത്രി ശരിക്ക് ജപം ചെയ്താൽ തന്നെ സിദ്ധചാരണന്മാരെയൊക്കെ കാണാം ഈ വാസുദേവ മന്ത്രത്തിനെ ജപം ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിച്ച് ജപിച്ച് ധ്യാനിച്ച് ഹൃദയത്തിൽ ആരാധിച്ചാൽ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഇത്രയും नारद മഹർഷി ഉപദേശിച്ച് അവിടുന്ന് നാരദൻ തന്റെ ജോലി കഴിഞ്ഞു പോയി ഭാഗവത്തിൽ എല്ലാവർക്കും ഗുരുനാരദനാണ് പ്രഹ്ലാദനു ഗുരുനാരദൻ ധ്രുവന് ഗുരു ഗുരുനാരദൻ ഭാഗവതം എഴുതാനായിട്ട് വ്യാസഭഗവാന് തന്നെ ഗുരുനാരദൻ ധ്രുവന് തത്വോപദേശം ചെയ്തു നാരദൻ ഭഗവത് ദിവ്യരൂപത്തിനെയും ഉപദേശിച്ചു മന്ത്രത്തിനെയും ഉപദേശിച്ചു ഇത്രയും ഉപദേശിച്ച് നാരദമഹർഷി അങ്ങോട്ട് പോയി നേരെ ഉത്താനപാത മഹാരാജാവിന്റെ രാജധാനി ചെന്ന് രാജാവ് എന്തോ ഒരു മൂർഖത കാണിച്ചു കുട്ടി പോയപ്പോ വിഷമിച്ചിരിക്കുകയാണ് അവിടെ ചെന്ന് സമാധാനിപ്പിച്ചു പേടിക്കണ്ട ഭഗവത് ദർശനം നേടി തിരിച്ചുവരും എന്ന് സമാധാനിപ്പിച്ചു ധ്രുവൻ മധുവനത്തിൽ അതികഠോരമായ തപസ് അഞ്ചു മാസത്തെ തപസ് ആദ്യത്തെ മാസം മൂന്ന് രാത്രി കൂടുമ്പോ വിളാരങ്ങ കഴിച്ചിട്ടാണോ മൂന്ന് രാത്രി കൂടുമ്പോ കവിത്ത ബദരാസന വിളാരങ്ങ കഴിച്ചും അതുപോലെ ചില ഫലങ്ങൾ ഒറ്റമൊക്കെ കഴിച്ചും മൂന്ന് രാത്രിക്ക് ഒരിക്കൽ അല്ലേ നാളെ ഏകാദശിയാണ് ഇപ്പോ ഒരു സംശയമുണ്ട് ആളുകൾക്ക് എന്താ ഭക്ഷിക്കേണ്ടത് എവിടെ മലയാളത്തിൽ ചൊല്ലുണ്ട് ഇല്ലത്തില് ഏകാശി നോറ്റി നോറ്റി ഇല്ലം മുടിഞ്ഞു നോക്കുണ്ടോ എന്താന്ന് വെച്ചാൽ ഏകാശിക്ക് മാക്സിമം ആഹാരമേ ഉള്ളു പോ അപ്പോ ഇവിടെ ധ്രുവന്റെ തപസ് അഞ്ചു വയസ്സ് കുട്ടിയുടെ തപസ് എന്താ ഭക്ഷണം വെച്ചാൽ മൂന്ന് രാത്രി കൂടുമ്പോ ഈ കവിത്ത ജമ്പൂ ഫലസാര ഭക്ഷിതമെന്ന് വിഘ്നേശ്വരനുണ്ട് ഈ വ്ലാരങ്ങി നമുക്ക് ഇങ്ങോട്ടൊന്നും അധികം കാണാൻ വയ്യ കാണാറുള്ളൂ തമിഴ്നാട്ടില് ധാരാളം കാണും തമിഴില് എന്ത പാലക്കാട്ടിലും നെറിയ തമിഴ്നാട്ടിലെ പോന്നാ പ്രത് എല്ലാവർക്കുമേ ബ്ലാമ്പഴം വിളാമ്പഴം തരിയുമേ ഇവിടെ ആരെങ്കിലും ഭക്ഷിച്ചും മൂന്നു രാത്രി കൂടുമ്പോ രണ്ടാമത്തെ മാസം ആറാറ് ദിവസം കൂടുമ്പോ ഉണങ്ങി വീഴുന്ന ചില ഇലകളൊക്കെ ഭക്ഷിച്ചു ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കണ്ടോ തിരുവണ്ണാമലയിൽ ഒരു ആറുമാസം മുമ്പ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പൊ ഇറങ്ങിപ്പോയി പത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം അരുണാചലത്തിന്റെ ശിഖരത്തിൽ എന്ന് ആ ശിഖരത്തിൽ നമ്മൾ കയറി പോണെങ്കിൽ നാലു മണിക്കൂറാവും കയറാൻ പറ്റില്ല വിഷമിക്കും നമ്മള് അവിടെ വെള്ളം കിട്ടില്ല അവിടെ ഒരു മരവുണ്ട് ആ മരത്തിലെ ഇല ഭക്ഷിക്കാം അത്രേ പറ്റുള്ളൂ അവിടെ ഇരുപത് വർഷത്തിലധികമായി ഒരു യോഗി ഉണ്ടായിരുന്നു പലരും ഇവിടെ തന്നെ പരിചയമുള്ള പലരും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ട് സ്വാമി ഇങ്ങനെ ഈർക്കലുപാലോ അപ്പൊ ധ്രുവൻ അഞ്ചു മാസത്തില് ഒരു മാസമാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് എനിക്ക് ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായി ആകെപ്പാടെ എല്ലാം കൂടെ ചുരുങ്ങി വന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ ആ ഇലയൊക്കെ ഭക്ഷിച്ച് വീണ് ആ ഇല മാത്രം ഭക്ഷണം പിന്നെ വയസ്സ് കുറെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പാണ് ചുവട്ടുന്ന ആരെങ്കിലുമൊക്കെ പാലോ വലതും കൊണ്ടുപോകും അത് എത്ര കൊണ്ടുപോകാൻ പറ്റും ഇത്രയും ദൂരം കയറിയിട്ട് മേപ്പെട്ടിരിക്ക ഇതൊ ഇതൊന്നും വെറും കെട്ടുകഥയോ ഭാവനയിൽ ആരെങ്കിലും എഴുതിയതോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട രണ്ടാമത്തെ മാസം ഉണങ്ങി വീഴുന്ന ഇലകളും മറ്റുമൊക്കെ ഭക്ഷിച്ച് ആറു ദിവസം കൂടുമ്പോ ഭക്ഷിച്ച് തപസ് ചെയ്തു മൂന്നാമത്തെ മാസം ഒമ്പത് ദിവസം കൂടുമ്പോ വെള്ളം കുടിക്കും നാലാമത്തെ മാസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോ വായു ഒന്ന് ഉള്ളിലേക്ക് എടുക്കുമെന്നാണ് അത്രയും പ്രാണരോധം പ്രാണൻ അടങ്ങി അഞ്ചാമത്തെ മാസം ആ പ്രാണനും അങ്ങോടെ അടക്കിയപ്പോ ഉള്ളിലുള്ള ആ ശരീരാഭിമാനികളായ ദേവതകൾക്കൊക്കെ ശ്വാസം മുട്ടലായി ദേവതകളൊക്കെ ഭഗവാനോട് ചെന്ന് പറഞ്ഞു അത്രേ ഭഗവാനെ ഇത് എന്താന്ന് ഈ പ്രാണരോധം ഭഗവാൻ പറഞ്ഞു ഔത്താനപാതിയും ഐ സങ്കദാത്മ ഉത്താനപാതന്റെ പുത്രൻ എന്നിൽ ഐക്യപ്പെട്ട് തസ്തവും സ്ഥാണുറിവാചലഹ ചൂട് പോലെ ചലിക്കാതെ നിൽക്കുന്നു അല്ലെങ്കിൽ ശിവനെ പോലെ ചലിക്കാതെ നിൽക്കുന്നു തസ്തൗ സ്ഥാണുറിവാചലഹ ചലിക്കാതെ നിൽക്കുന്നു എന്താ പിന്നെ ഭഗവാനെ ദർശനം കൊടുക്കാത്തത് ചെറിയ കുട്ടി അഞ്ചു വയസ്സ് കുട്ടി സാധാരണ ആളുകൾക്ക് തന്നെ കാരുണ്യം തോന്നുന്നു അങ്ങിങ്ങനെ കരുണയില്ലാതിരിക്കാവോ അഞ്ചു വയസ്സ് കുട്ടി അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ ഈ ഗോസ്വാമിമാരുടെ ഭാവനയാണ് ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നാരദൻ എന്ത് വേഷമായി ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം എന്നിപ്പോ എനിക്കറിയില്ല ഞാൻ വേറെ എന്തെങ്കിലും വേഷം കെട്ടി നിന്നാൽ ഇതല്ല എന്ന് പറയും കുട്ടി നാളെ മാറി ചെറിയ കുട്ടിയല്ലേ അപ്പോ ഈ നാരദൻ എവിടെ പോയി കിടക്കണം ഇപ്പൊ കുറെ ആയിട്ട് കാണാനേ ഇല്ല അവിടെ ദേവന്മാരൊക്കെ കൂടെ പോയി നാരദ മഹർഷി പിടിച്ചുകൊണ്ട് വന്നു അത്ര നാരദനോട് പറഞ്ഞു എന്ത് രൂപമാണ് വർണ്ണിച്ചു കൊടുത്തെങ്കിൽ പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവതനീക്ഷണം സുനാസം സുഭ്രുവം ചാറുക സുരസുന്ദരം തരുണം രമണീയാം അരുണോഷ്ടേക്ഷണാധരം വേഗം ഭഗവാൻ ആ മേക്കപ്പായി ഏ യഥാമാം പ്രപദ്ധ്യന്തേ താൻ തഥൈവ ഭജാമ്യാണ് നമ്മൾ എങ്ങനെ ആരാധിക്കുന്നു അതേപോലെ ഭഗവാൻ ദർശനം തരും ഭഗവാൻ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നു ആ ഭാവത്തിൽ ഭഗവാൻ ദർശനം തുളസീദാസ് പല സ്ഥലത്തും പോയി രാമനെ ആരാധിച്ചു രാമൻ പ്രത്യക്ഷമായിട്ട് വന്നില്ല വൃന്ദാവനത്തിൽ വന്ന് രാമായണവും വായിച്ചുകൊണ്ട് യമുനാ തീരത്തിൽ കൃഷ്ണൻ പുല്ലാങ്കുഴിലുമായിട്ട് മുമ്പിൽ വന്ന് നിൽക്കണം ഇദ്ദേഹത്തിനാണെങ്കിൽ പതിവ്രതാധർമ്മം പോലെയുള്ള ഭക്തിയാണ് രാമനെ അല്ലാതെ വേറെ ഒന്നും നോക്കില്ല എന്നാണ് ഇപ്പോൾ ആരാധനാ സമയത്ത് കൃഷ്ണൻ മുമ്പിൽ വന്നിരിക്കണു രാമായണം എങ്ങനെയാണ് വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒന്ന് നോക്കണം തോന്നും പക്ഷെ നോക്കാൻ ഇഷ്ടമില്ല എനിക്ക് രാമൻ വേണം എന്നാണ് കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കണു എന്നാൽ രാമനെയാണ് ഇപ്പോൾ മനസ്സിൽ ഭാവന ഇതോ അതിസുന്ദരമായ രൂപത്തോടുകൂടെ പുല്ലാങ്കുഴിലും വായിച്ചുകൊണ്ട് ഉമ്മർത്ത് വന്ന് നിൽക്കണം മുമ്പിൽ വന്ന് നിൽക്കുകയാണ് തുളസീദാസ് രാമ രാമായണം വായിച്ചുകൊണ്ടേയിരിക്കുന്നു ഗന്ധർവരാജപ്രതിമം ലോകേ വിഖ്യാത പൗരുഷം ഇവിടെ നോക്കുമ്പോഴോ പീതാംബരം കരവിരാജിദശ ബർഹാപീഠം നടവര വപ്പഹു കണ്ണയോ കർണികാരം മുമ്പിൽ നിൽക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോ തുളസീദാസ് പറഞ്ഞ കൃഷ്ണ ഇങ്ങനെ ഒന്നും മോഹിപ്പിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കണ്ട എനിക്ക് രാമനാണ് വേണ്ടത് നീ ഇങ്ങനെ പുല്ലാറല്ല കൃഷ്ണൻ പറഞ്ഞു നീ എന്ത് ഉപാസിക്കണോ എനിക്കറിയില്ല ഇതൊക്കെ ഭക്തന്മാരുടെ ഭാവന നീ എന്ത് ഉപാസിക്കണമോ എനിക്കറിയില്ല വൃന്ദാവനത്തിൽ വന്നിട്ട് നീ രാമായണം വായിച്ചുകൊണ്ടിരിക്കണു എനിക്ക് രാമായണം കേൾക്കണമെന്ന ആഗ്രഹം ഞാൻ മുമ്പിൽ വന്നുക്കണോന്ന് എനിക്ക് എന്താണ് എനിക്ക് രാമായണം കേൾക്കണം നീ ഞാനൊന്നും ഇപ്പൊ കാശിയിലേക്ക് വന്നില്ല അല്ലെങ്കിൽ അയോധ്യയിലേക്ക് വന്നില്ല നീയല്ല ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് രാമായണം വായിക്കുമ്പോ ഞാൻ പറഞ്ഞോ ഇവിടെ എല്ലാരും ഭാഗവതം വായിക്കണം കുറെ ഭാഗവതം കേട്ട് കഴിഞ്ഞു ശരി രാമായണം ഒരാൾ വായിക്കണമല്ലോ ഞാനും മുമ്പിൽ വന്ന് നിക്കണം അവസാനം തുളസീദാസിന് രാമനായിട്ട് വൃന്ദാവനത്തിൽ വെച്ച് ദർശനം കൊടുത്തു എന്നാണ് കഥ അപ്പോ ഭഗവാനെ നമ്മൾ എങ്ങനെ ഭജിക്കുന്നുവോ ആ ഭാവത്തിൽ ദർശനം ഇപ്പോ ധ്രുവൻ ഭഗവാനെ ശങ്കചക്ര ഗതാപാണിയായി ചതുർഭുജമൂർത്തിയായി ഭഗവാനെ ആരാധിച്ചു ഭഗവാൻ മുമ്പിൽ ആവിർഭവിച്ചു മധുവനത്തിൽ ഭഗവാൻ മുമ്പിൽ ആവിർഭവിച്ചു എങ്ങനെയാ വന്ന് ധ്രുവന് ദർശനം കൊടുക്കാം വന്നതാണോന്നല്ല ഭൃത്യ ദിദൃക്ഷയാഗത തന്റെ ഭൃത്യനെ ദർശിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഭഗവാൻ വന്നത്ര അല്ല ദർശനം കൊടുക്കാനല്ല തന്റെ ഭക്തന്റെ ദർശനം തനിക്ക് കിട്ടാനായിട്ട് സാധാരണ ഭക്തന്മാര് ഭഗവാനെ ദർശിക്കും പക്ഷെ ഭഗവാൻ ഭക്തനെ ദർശിക്കാം രാമായണത്തിന് വിഭീഷണ ശരണാഗതി വിഭീഷണൻ നമസ്കരിച്ചിരിക്കുമ്പോ ഭഗവാൻ അങ്ങനെ വിഭീഷണനെ നോക്കുക അത്രേ ചെയ്ത ഭക്തനെ നോക്കുന്നത് വാൽമീകി പറയുന്നു ലോചനാഭ്യാം പിപന്നിവ കണ്ണുകൊണ്ട് അങ്ങനെ കുടിക്കണ പോലെ നോക്കിയത്രേ ഭഗവാൻ എന്താന്ന് വെച്ചാൽ ആ ഭക്തനെ കാണാൻ ഭഗവാൻ അത്രയധികം ആഗ്രഹം ലോചനാഭ്യാം പിപന്നിവ ഇവിടെ ഭഗവാൻ ഉദ്ധ്രുവന്റെ മുമ്പിൽ ആവിർഭവിച്ചു സവൈതികായോഗ വിഭക തീവ്രയാ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിപ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യം ബഹിസ്ഥിതം തദവസ്ഥം ദർശ തന്റെ ഉള്ളിൽ ഭഗവാന്റെ ദിവ്യരൂപം ഏത് ഭാവത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുവോ ഉള്ളിൽ നിന്നും അറിഞ്ഞു അവിടെ ഒരു ഇടിമിന്നൽ പോലെ തടിപ്രഭം സ്ഫുരിതം ഹൃദയത്തിൽ ഒരു സ്ഫുരണമുണ്ടായി ഒരു ഇടിമിന്നൽ രൂപം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ചിത്തവൃത്തിയൊക്കെ നിരുദ്ധമായി ഒരേ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഹൃത്പത്മകോശേ സ്ഫുരിതം തടിപ്രഭം ഹൃദയപത്മകോശത്തിൽ ഹൃദയമാവുന്ന ഹൃദയപത്മത്തിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരോഹിതം സഹസൈവോപലക്ഷ്യ പെട്ടെന്ന് ഹൃദയത്തിൽ നിന്ന് തിരോധാനമായി ഹൃദയത്തിൽ തിരോധാനമായത് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് നമ്മുടെ പ്രപഞ്ചമേ എങ്ങനെയാണേ ഉള്ളിലുള്ളത് സ്ഥൂലരൂപത്തിൽ നിൽക്കാണ് ബഹിസ്ഥിതം തദവസ്ഥം ദർശ അതേ രൂപം പുറമേ നിൽക്കുന്നതായിട്ട് കണ്ടു കണ്ട ഉടൻ അഗ്രേ പശ്യാമി എന്ന് ഭട്ടതിരി പറഞ്ഞു അല്ലെ മുമ്പിൽ കാണുന്നു ഗുരുവായൂരപ്പനെ ആ മുമ്പിൽ കാണുമ്പോ തദ്ദർശനേനാഗത സാധക്ഷിതോ അവന്താംഗം വിനമയ്യ ദവത് ദൃഗ്യാം പ്രപശ്യന്ന് പ്രഭിപന്നിവർഭക ചുംബന്നിവ ആസേന കെട്ടിപ്പിടിക്കണം എന്ന് തോന്നി എത്ര ഭഗവാനെ മുമ്പിൽ കണ്ടത് കെട്ടിപ്പിടിക്കണം തോന്നി ചുംബിക്കണം എന്ന് തോന്നി ദൃഗ്ഭ്യാം പ്രപശ്യന് പ്രഭിപന്നിവ അർഭക നേത്രൈ ശ്രോത്രൈശീ പരമരസ സുഖംബോധി പൂരേരമേരൻ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെ കുടിക്കാം ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമൊക്കെ മാറിപ്പോയിന്ന് ചെവി കൊണ്ട് ആരെങ്കിലും കുടിക്കുമെന്ന് ചിലപ്പോ കുടിക്കണ്ടല്ലോ നമ്മൾ ഭാഗവതം ഭഗവാൻ കാണുമ്പോൾ സർവേന്ദ്രിയങ്ങളിലൂടെയും ആ ഭഗവത് ഭാവാപേശം സ്തുതിക്കണം എന്ന് കുട്ടിക്ക് ആഗ്രഹം എങ്ങനെ സ്തുതിക്കും സ്തുതി നമ്മളൊക്കെ എഴുതി ഉണ്ടാക്കാൻ കുറേ വാക്കുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് പാട്ട് എഴുതാം അല്ലേ പാട്ട് എഴുത കൂലിക്ക് പാട്ട് എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട് പണം വാങ്ങിച്ച് പാട്ട് എഴുതി കൊടുക്കാം ഭക്തിഗാനങ്ങളിങ്ങനെ ധാരാളം വരണുണ്ട് യഥാർത്ഥത്തിൽ ഭാവത്തിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കുറേ കേൾക്കുമ്പോ മനസ്സിലാവും ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല ഭഗവാൻ നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കണം ഭഗവാൻ നമ്മളെ കൊണ്ട് പാടിപ്പിക്കണം തമിഴിൽ പാത്തോന്നെ ആഴ്വാറുകൾ നായന്മാറുകൾ എല്ലാവരും പാടിയിരിക്കാം അവ എല്ലാരോട് കഥയും പാട്ടേ അവടലേ ഭഗവാന് അവളെ പാട വെക്കിപ്പ് അറിവില്ലാതെ പാടിയാ അവശ്വരനാ അവക്കുന്ദരമൂർത്തിവാമികളെ ഭഗവാന് ഉന്നെ എന്നെ പാടുന്നത് താ വലയെന്ന് സുന്ദരമൂർത്തിവാമികൾ കേക്ക് ഉന്നെ നാ എപ്പി പാടുവേ നീതാ എന്ന പൈത്തക്കാരും കൂപി അപേ പാടേ ഇരസൂടിപ്പെ വൈദ്യക്കാരാണ് കൂട്ടി യാറാവ് പാടുവട ആ അപ്പൊ ഒരു ഭക്തി അപ്പൊ ഒരു ഭാവം അതേവാരങ്ങളും പാത്താ എല്ലാം ഉങ്ങക്ക് വൃത്തത്തിക്ക് വരും എല്ലാം മീറ്റർ എല്ലാം കറക്റ്റാർക്കും റൂൾസ് എല്ലാം അപിയേ എന്ന് മുടാതെ കവിതകളൊക്കെ നോക്കിയാൽ ഭക്തന്മാർ പാടിയതൊക്കെ നോക്കിയാൽ കവിതകളൊക്കെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നിയമത്തിനുള്ളിൽ ഒന്നും ഒതുങ്ങില്ല അതിന് രമണ മഹർഷി ഒരിക്കലും പറഞ്ഞു ഋഷികൾ ജ്ഞാനികൾ ഭക്തന്മാരൊക്കെ എഴുതിയ പാട്ടിൽ നമ്മൾ കവിതയൊന്നും നോക്കാൻ പാടില്ല അതിന്റെ വൃത്തം ശരിയായിട്ടുണ്ടോ ഒന്നും നോക്കാൻ പാടില്ല എന്ന് എന്താന്ന് വെച്ചാൽ ഒരാൾ ഇവിടെ ഇപ്പോൾ പാട്ട് കച്ചേരി നടത്തുന്നു താളം രാഗം ഒക്കെ ക്ലീനായിട്ട് രാഗമൊന്നും തെറ്റാതെ താളത്തിനൊത്തു പാടിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ആസ്വദിച്ചുകൊണ്ടിരിക്കേണ്ട അതിന്റെ നടുവിൽ ഒരാളുടെ ചെവിയില് ഒരു ദുഃഖവാർത്ത ഒന്ന് പറഞ്ഞു ആരോ വീട്ടിലാരോ മരിച്ചു എന്ന് എന്ത് ഉറക്കെ കരയുകയാണ് അയാൾ അവിടെ ഇരുന്നിട്ട് അയാൾ ഈ രാഗത്തിനനുസരിച്ച് കരയോ അല്ല ഈ താളത്തിനനുസരിച്ച് കഴിയുമോ അതുപോലെ ഭക്തൻ തന്റെ ഹൃദയത്തിലുള്ളത് വിളിച്ചു പുറമേക്ക് കൂവുമ്പോ അതിൽ വൃത്തമുണ്ടോ ചതുരവുണ്ടോന്നും നോക്കില്ല അതങ്ങനെ വിളിച്ചു കൂവാണ് ഹൃദയത്തിൽ ഭാവമാണ് പക്ഷേ ഭഗവാൻ അതൊക്കെ ചന്തോബദ്ധമാക്കി തീർക്കും വാൽമീകി ഒന്നും അറിഞ്ഞില്ല പാദബദ്ധോ അക്ഷരസമഹ തന്ത്രിലയ സമന്വിത ഒക്കെ പാദബദ്ധം അക്ഷരമൊക്കെ സമമായിട്ട് വന്നു അത്ര വാൽമീകി ഉണ്ടാക്കിയതല്ല ഒക്കെ അക്ഷ അനുഷ്ടപു വൃത്തം പഠിച്ചിട്ട് എഴുതിയതല്ല അതങ്ങനെ വരികയുള്ളതും ആ അങ്ങനെ എഴുതാണ് ഹൃദയത്തിന് അപ്പൊ കവി കവി എന്നുള്ള നാൻ ഋഷി കവി ഋഷിയല്ലാത്തവൻ കവിയാവാൻ പറ്റില്ലാന്നാണ് നമ്മളുടെ സമ്പ്രദായം കവിന്ന് ഒരു പ്രത്യേക ഒരു പടപ്പില്ല കവി എന്നുള്ളത് ഭഗവാനുള്ള പേരാണ് കവിം പുരാണം അനുശാസിതാറും പിന്നെ ബ്രഹ്മാവിന് ആദി കവിന്ന് പേരും കവിത എപ്പോഴും ഭഗവത് അനുഭൂതിയിൽ നിന്നും കവിത ഉണ്ടാവണം കുട്ടി നമസ്കരിച്ചു ഭഗവാൻ തന്റെ ശംഖം കൊണ്ട് ധ്രുവന്റെ മുഖത്തങ്ങനെ സ്പർശിച്ചു ബ്രഹ്മമയ്യേന കമ്പുനാം സ്പർശിച്ചു സവൈ തദൈവ പ്രതിപാദിതാംീ പരിജ്ഞാതരാത്മനിർണയം ഭക്തിഭാവോ്യഗൃണാദത്വരം പരിശ്രുതോരുശ്രവസം ധ്രുവക്ഷിതിപാദിതാം എല്ലാവരുടെ ഉള്ളിലും വാക്കിന്റെ നാല് പാദങ്ങളിൽ മൂന്ന് പാദം ഉറങ്ങിക്കിടക്കണമെന്നാണ് നാലാമത്തൊരു പാദം മാത്രമാണ് പുറത്തേക്ക് വിടുന്നത് ചരി വാക് പരിമിത മൂന്ന് പാദം എവിടെയോ അടങ്ങിക്കിടക്കണം ഭഗവാന്റെ കൃപ ഉണ്ടാകുമ്പോ പരാമണ്ഡലത്തിനെ സ്പർശിച്ചുകൊണ്ട് വൈഖറി പുറത്തേക്ക് വരും പരാമണ്ഡലത്തിനെ സ്പർശിച്ചുകൊണ്ട് അനുഭൂതി സ്പർശിച്ചുകൊണ്ട് വൈഖറി പുറത്തേക്ക് വരും അപ്പോഴാണ് ആ വാക്കിന് അത്രയധികം ശക്തി അത് ആ ശാശ്വതമായി എല്ലാ കാലത്തിലേക്കും നിൽക്കുന്ന പോലെ ഒരു ശക്തി ആ വാക്കിന് എവിടുന്ന് വരുന്നു വെച്ചാൽ അത് സ്ഥൂല വാക്കല്ല വാക്കിന് സാധാരണ പരാപശ്യന്തി മധ്യമാ വൈഖരി എന്ന് നാല് മണ്ഡലം പറയും നമ്മൾ സാധാരണ പറയുന്നതൊക്കെ വെറും വൈഖരി വാക്കാണ് ഇപ്പൊ ടേപ്പ് എടുത്താൽ അത് വെറും ശബ്ദമാണ് അതിന് ജീവനില്ല ആ ശബ്ദത്തിന് ഹൃദയത്തിൽ നിന്ന് വരികയാണെങ്കിൽ പരാമണ്ഡലത്തിനെ സ്പർശിച്ചുകൊണ്ട് ആ വാക്ക് ഉണരുകയാണ് അതാണ് പ്രതിപാദ സരസ്വതി ഉളി ലുണർ വേദം ഉളി ലുണർ യോന്ത് പ്രവിശ്യമമവാചയിമാസൂത സഞ്ജീവയഖിലശക്തിധരസ്വധാ അനാശ ഹരണ്രവണത്വാദീൻ പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഭാഗവതത്തിലെ ഏതു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ശ്ലോകം പഠിച്ചേക്കാം യോ അന്തഃപ്രവിശ്യ ഏതൊരു ഭഗവാനാണോ എന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഈ വാക്കിനെ ഉണർത്തിയതും യോ അന്തശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്തി അഖിലശക്തിധര സ്വധാനാം വാക്കുമാത്രമല്ല സർവേ ഇന്ദ്രിയങ്ങളും ഏതൊരു പ്രഭുവിന്റെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു ആ പരമപുരുഷന് നമസ്കാരം ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാംശമൈതുനാം ഏതേനൈവ വിജാനാദി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത് നചികേതസ് ചോദിച്ചു യമനോട് എന്താണ് ഈ വസ്തു യമൻ പറഞ്ഞു കുഞ്ഞെ ഏതൊന്നും ഉള്ളതുകൊണ്ട് കണ്ണിലൂടെ കാണുന്നുവോ ചെവിയിലൂടെ കേൾക്കുന്നു മൂക്കിലൂടെ മണക്കുന്നു നാവിലൂടെ രുചിക്കുന്നു തൊക്കിലൂടെ സ്പർശിക്കുന്നു ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുവോ ആ വസ്തു തന്നെയാണ് അത് ഇത് അത് അതിന് പേരൊന്നുമില്ല അത് അതിന് നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ വെച്ചോളൂ അത് പുരുഷായതുഭ്യം അത് പോയാലോ ഈ ശരീരം ജഡമായി അല്ലേ ജഡമായി ശരീരം ചലിച്ച് പ്രവർത്തിച്ച് കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആലോചിക്കണം കേട്ടുകൊണ്ടേ എന്തൊരു പ്രതിഭാസമാണ് നടക്കണം നമ്മൾ ഈ തൂണിന് കേൾക്കാൻ പറ്റില്ല എത്ര ഭാഗവത സത്താഹം കഴിഞ്ഞാൽ ഈ തൂണ് കേൾക്കില്ല നമ്മൾ ഇരിക്കണു കേൾക്കണു നമ്മൾ തന്നെ ഇപ്പൊ ചെവി ജീവൻ പോയി കഴിഞ്ഞാൽ ശവം കൊണ്ടുവന്ന് ഇരുത്തിയാൽ കേൾക്കില്ല ഇപ്പൊ കേൾക്കണം ഉള്ളിലിരുന്നുകൊണ്ട് ആരോ കേൾക്കണം ആരോ ചിന്തിക്കുന്നു ആരോ അനുഭവിക്കുന്നു ആനന്ദിക്കുന്നു ആരാണ് ആനന്ദിക്കുന്നത് ആരാണ് അനുഭവിക്കുന്നത് ഭഗവാനാണ് ഉള്ളിലിരുന്ന് ആനന്ദിക്കുന്നത് ഭഗവാനാണ് ഉള്ളിലിരുന്ന് കണ്ണിലൂടെ കാണുന്നത് ഭഗവാനാണ് ഉള്ളിലിരുന്ന് ചെവിയിലൂടെ കിഴക്കണത് ഭഗവാനാണ് ഉള്ളിലിരുന്ന് മൂക്കിലൂടെ മണക്കുന്നത് ഭഗവാനാണ് ചിന്തിക്കുന്നത് സകല അനുഭവങ്ങളും ഭഗവാനിലാണ് നടക്കുന്നത് ആ ഭഗവാനാണ് പുരുഷൻ എന്നിവിടെ ധ്രുവൻ പറഞ്ഞത് ആ പരമപുരുഷൻ ആ പരമപുരുഷന് നമസ്കാരം ആ പ്രഭു ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യുന്നു ആ പ്രഭുവിന് നമസ്കാരം ആ പ്രഭു ഉള്ളിലുള്ളപ്പോ ഈ ശരീരം എന്തൊക്കെയോ ചെയ്യും നടക്കും മല കയറും ചുവട്ടിലിറങ്ങും ആ ശരീരത്തിനെ ഉപേക്ഷിച്ചാലോ പിന്നെ അത് പൊക്കിക്കൊണ്ടു പോവാൻ നാലാൾ വേണം അല്ലെ ഇത്രയൊക്കെ നടന്നു പ്രവർത്തിച്ച് എന്തൊക്കെ കാണിക്കണം ആ ചലിപ്പിക്കുന്ന ആ വസ്തു ആ പരമപുരുഷൻ ആ പരമപുരുഷന് നമസ്കാരം എന്ന് ധ്രുവന്റെ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഇപ്പൊ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തത് കുത്തമ്മനെ പോലെ ആവണം ഇപ്പൊ ഭഗവാനെ കണ്ടപ്പോ അതൊക്കെ മറന്നു ഒരുവായിരപ്പനെ കണ്ടാൽ പിന്നെ അതൊക്കെ ചോദിക്കാൻ പറ്റുമോ മൂന്നാല് സംഭവങ്ങൾ കാണാം ഭാഗവതത്തിൽ മുച്ചുകുന്ദൻ ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോ ഭഗവാനെ വരം വേണോന്ന് എന്നോട് ചോദിക്കരുത് എന്നാം തനി മുക്തി പഴുത്തു ചൊരിഞ്ഞു ഒഴുകുമ്പോ മുമ്പില് ഒന്നും നേട്ടം ആരെങ്കിലും അതിനടുത്ത് പോയിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കൂ പൂർണ്ണമായി ഭഗവത് സാന്നിധ്യത്തില് നിൽക്കുമ്പോ ഭഗവാനോട് ആരാ വരം ചോദിക്കാം ഭക്തി മുഹു പ്രവഹതാം പ്രസംഗോ ഭൂയാത് അനന്ത മഹതാ മമദാശയാണേഞ്ജസ ഉൽബണം ഉരുവ്യസനം ഭവാബ്ധിം ന്യേഷ്യേ ഭവദ്ഗുണ കഥാമൃത പാനമത്തേ പ്രഭു എനിക്ക് ഭക്തി ഉണ്ടാവട്ടെ ഭക്തി മുഹുപ്രവഹതാം ഇപ്പോ ഉള്ളതൊന്നും പോരാന്ന ഭാവഭക്തി ഉണ്ടാവട്ടെ ഭൂയാത് അനന്ത മഹതാം അമലാശയാണ സംഘ ഹേ അനന്ത് ചിത്തശുദ്ധി വന്ന പരമഭാഗവതന്മാരായ ഭക്തന്മാരുടെ സംഘം എനിക്കുണ്ടാവട്ടെ സദാ ഭഗവത് ധ്യാനത്തിലിരിക്കുന്ന ഭക്തന്മാരുടെ സംഘം ഉണ്ടാവട്ടെ ആ സംഘത്തിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കഥാമൃത പാനമത്തഹ ഭഗവത് കഥ കഥയന്തശ മാം നിത്യം തുഷ്യന്തിച്ച് രൊമന്തിച്ച് ഭഗവത് കഥകളുമൊക്കെ പറഞ്ഞ് രസിച്ച് മത്തഹ എന്ന് വെച്ചാൽ ഇവർക്ക് കിറുക്കണം തോന്നണമെന്നാ കാണുന്നു അറിയാതെ അപ്പൊ എന്താവും ഉൽബണം ഒരു ഭവാബ്ദി എന്ന ഈ അങ്ങനെ എടുക്കുമ്പോ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ ഭാഗവതം എടുത്താൽ പുസ്തകം ചോട്ടിൽ വയ്ക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ശതാഭിഷേകമാണെന്ന് പറയും ശതാഭിഷേകമായ ശതാഭിഷേകമാണെന്ന് എൺപത് വയസ്സ് കഴിഞ്ഞു അത്രയും സമയം അറിയാൻ പാടില്ല എന്നാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരമണ്ടൊരു അൽപ്പനേരം പരമാനന്ദം അനുഭവിച്ചിരിക്കുമ്പോൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾ പോണത് ഉൽബണം ഉരുവ്യസനം ഭവാബ്ദ്യം സംസാരത്തിന് പറയണ ഉൽബണം സഹിക്കവയ്യ ഭയങ്കരം ആ ഭയങ്കരമായി ഭബ്ദി സംസാരം അത് അറിയാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കഥാമൃത പാനമത്ത കഥാമൃതത്തിനെ പാനം ചെയ്തുകൊണ്ട് മത്തഹ എന്ന് വെച്ചാൽ ഉന്മത്ത ലഹരി പിടിച്ചവൻ എന്നർത്ഥം അതൊരു ലഹരിയാണ് ഭക്തിയുടെ ലഹരിയിൽ യാതൊന്നും അറിയാതെ ഞാനങ്ങനെ ഇരുന്നോളാം പക്ഷെ അതിന് ഭഗവാൻ എനിക്ക് അനുഗ്രഹിക്കണം ഭക്തന്മാരുടെ സംഘം ഉണ്ടാവട്ടെ ശ്രവണസുഖം എനിക്ക് കിട്ടണം ഭഗവത് കഥകളെ കേട്ട് രസിക്കുമാറാകണം എല്ലാം മറന്ന് കേൾക്കുമാറാകണം അതെനിക്ക് അനുഗ്രഹിക്കണം എന്ന് ധ്രുവൻ ഭഗവാനോട് രാജ്യം ചോദിക്കുന്നവർക്കും മറന്നുപോയി പക്ഷേ ഭഗവാൻ ധ്രുവൻ നമ്മളൊരു അമ്പ് വിട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുക ആദ്യം ആഗ്രഹിച്ചത് ഉത്തമനെ പോലെ ധ്യാസനത്തിൽ ഇരിക്കണം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കുറച്ചു കാലം രാജ്യഭരണമൊക്കെ നടത്താം എന്നിട്ട് വരുമ്പോ ധ്രുവസ്ഥാനവും ഭഗവാൻ ആശീർവദിച്ചു ധ്രുവന് പക്ഷെ ധ്രുവൻ തിരിച്ചു പോകുമ്പോ കരഞ്ഞുകൊണ്ടേ പോണമെന്ന് വിധുരൻ ചോദിച്ചു എന്തിനാ ഈ കരയണ ചെറിയ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ ഭഗവത് പ്രാപ്തി നേടിയിട്ട് ആരെങ്കിലും കരയോ മഹർഷി പറഞ്ഞു അമ്മയുടെ വാഗ്ബാനം കൊണ്ട് വേദനിച്ച ആ ഹൃദയത്തിൽ ആ വേദന വളരെ പ്രബലമായിരുന്നതുകൊണ്ട് ഭഗവാൻ മുമ്പിൽ വന്ന് നിന്നിട്ടും ആ വാസനയ്ക്കനുസരിച്ച് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോവുകയാണല്ലോ അപ്പൊ ഭവചിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത ഞാനൊരു ഭാഗ്യം കെട്ടവൻ എന്താന്ന് വെച്ചാൽ സംസാരവൃക്ഷത്തിനെ തന്നെ വേരോട് പിഴുത്തെറിഞ്ഞ് ഭഗവത് പ്രാപ്തിയെ എനിക്ക് തരാൻ ശക്തനായ ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഈ രാജ്യവും വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോണത് രാജ്യസുഖവും വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോണത് ഇനിയിപ്പോ രാജ്യം എന്തിനെ കൊള്ളും ചികിത്സയവ ഗതായൂ വൈദ്യം വിധിച്ചു അത്രേ എന്താ മരുന്ന് വെച്ചാൽ ഒരു പ്രത്യേക നക്ഷത്രം ഉച്ചത്തിലുള്ളപ്പോ മഴ പെയ്യണം തലോ തലയോട്ടിയിൽ വീഴണം കപാലത്തിൽ നരകപാലത്തിൽ വീഴണം അതിലൊരു പാമ്പ് വിഷം കക്കണം എന്നിട്ടത് കരസ്പർശമില്ലാതെ എടുത്തുകൊണ്ടുവന്നാലേ ഈ രോഗം മാറുള്ളൂ ഇങ്ങനെ ഒരു മരുന്ന് വിധിച്ചു അപ്പൊ ഇയാൾ തപസ് ചെയ്തു ഭഗവാനെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ചോദിച്ചു എന്താ വേണ്ട കുറേ കാലം തപസ് ഈ രോഗം മാറാനായിട്ട് ഭഗവാന് ഈ നക്ഷത്ര ഉച്ചത്തിലുള്ളപ്പോ മഴ വേണം തലയോട്ടിയിൽ വെള്ളം വേണം അതില് പാമ്പ് വിഷം കക്കണം എന്നിട്ട് അത് ഞാൻ കൈ തൊടാതെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് രോഗം മാറണം ഓ തഥാസ്തു എന്ന് പറഞ്ഞു വരം കൊടുത്തു എന്നിട്ട് പോകുമ്പോ പറഞ്ഞു വിടോ മടയാ ഈ മരുന്നൊക്കെ നിനക്ക് കിട്ടും പക്ഷെ അത് കഴിഞ്ഞ് അരമണിക്കൂറിലും നീ മരിച്ചു പോകും ആയുസ് അത്രയേ ഉള്ളൂ ആയുസ് എത്രയേ ഉള്ളൂ ആയുസ് ഇല്ലാത്ത സ്ഥലത്ത് വ്യാധി മാറിയിട്ടപ്പോ നിനക്ക് എന്ത് കാര്യം ആയുസ്സിന് ഇപ്പോൾ കുറച്ചു നേരമേ ചികിത്സേവ ഗതായുഷി ആയുസ് പോയിട്ട് ഈ മരുന്ന് കഴിച്ചിട്ടിപ്പോൾ എന്ത് പ്രയോജനം ധ്രുവൻ പറയുകയാണെങ്കിൽ ഇതുപോലെയാണ് അപ്പൊ സ്ഥിതി എത്രയൊക്കെ തന്നെ സുഖം എന്തൊക്കെ കിട്ടിയാലേ എത്ര കാലം ജീവിക്കാൻ പോണം ശാശ്വതമായ ഭഗവത് പദത്തിനെ കൈവിട്ട് കളഞ്ഞുവല്ലോ ഞാൻ എന്ന് കരഞ്ഞുകൊണ്ടുപോയി ധ്രുവൻ കുറച്ചു കാലം രാജ്യഭരണമൊക്കെ ചെയ്തു പിന്നീട് ഉത്തമനെ കുബേരാനുചരന്മാർ വധിച്ചപ്പോ അവരോട് കുറച്ച് യുദ്ധമൊക്കെ ചെയ്തു കോപിച്ചു അപ്പൊ മനു വന്ന് പറഞ്ഞു കുഞ്ഞേ അരുത് കോപിക്കരുത് അഞ്ചു വയസ്സുള്ളപ്പോ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതാണ് മേനമംഗ ആത്മനി മുക്തവിഗ്രഹേ വ്യപാശ്രിതം നിർഗുണം ഏകം അക്ഷരം ആത്മാനമന്വിക്ഷ വിമുക്തം ആത്മദൃക് യൻ ഇതം ഭേദം അസത് പ്രതീയത്തെ ഇവരെന്റെ ഇഷ്ടമുള്ളവര് ഇവരെനിക്കിഷ്ടമില്ലാത്തവര് ഇവര് വധിച്ചു ഇവരെനിക്ക് ഉപകാരം ചെയ്തു എന്നുള്ള ഈ അസത്തായി ഭേദബുദ്ധിയെ കളഞ്ഞ് സ്വരൂപജ്ഞാനിഷ്ഠനാവ്വാ ത്വം പ്രത്യകാത്മനി തഥാ ഭഗവത്യന് ഉപന്നമസ്ത ശക്തൗ ഭയ പരമാം ശനകൈ അവിദ്യ ഗ്രന്ഥിം വിഭെത്സ്യസി മമ അഹം ഇതി പ്രൂഢം അന്തര്യാമിയായി പ്രത്യേകാത്മാവായി ആനന്ദമേ സ്വരൂപമായ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭഗവാനോട് ഭക്തി ചെയ്ത് സ്വരൂപജ്ഞാനം നേടി അഹങ്കാരഗ്രന്ഥി ചിജ്ജട ഗ്രന്ഥിയെ ഭേദിച്ച് ഞാൻ എന്റെ അഹങ്കാരത്തിനെ നിശേഷം നീക്കി സ്വരൂപജ്ഞാന നിഷ്ഠനായിട്ട് തീരുക എന്ന് അനുഗ്രഹിച്ചു മനു ഇങ്ങനെയാണെങ്കിലും ജ്ഞാനത്തിലേക്ക് വരണം അവസാനമാവുമ്പോൾ ജ്ഞാനം എന്ത് ചെയ്യുന്നു അഹങ്കാരത്തിനെ നിശേഷം ഇല്ലാതാക്കണം ഞാൻ എന്റെ എന്നുള്ളത് പോയി കിട്ടിയാൽ ഈ ജീവൻ സ്വതന്ത്രമായി അതിനു മുമ്പ് നമ്മളുടെ വ്യക്തിത്വം കാലം രാഗം ദ്വേഷം ഒക്കെ നമ്മളെ ബാധിക്കും ആ വ്യക്തിത്വം സത്യമല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അനുഭവം ഹൃദയത്തിലുണ്ടെങ്കിൽ ആരോടും രാഗമില്ല ദ്വേഷമില്ല മനസ്സ് ശാന്തമായി ആ പ്രശാന്തിയെ ധ്രുവന് അനുഗ്രഹിച്ചു ധ്രുവൻ ഭഗവാനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ ധ്രുവൻ രാജാവായിട്ടും അവസാനം ഭഗവാൻ തന്റെ അനുഭവത്തിനെയും ധ്രുവന് കൊടുത്തു അങ്ങനെ ധ്രുവ പദത്തിനെയും കൊടുത്തു എന്ന് പറഞ്ഞ് ധ്രുവചരിത്രം നമ്മളിപ്പോ നിർത്താം ഇനി കുറച്ച് അധ്യായം വായിച്ചിട്ട് പിന്നെ മേൽക്കൊണ്ടുള്ളത് പറയാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ധ്രുവചരിത്രത്തിന് ശേഷം ധ്രുവന്റെ വംശം വർണ്ണിച്ചുകൊണ്ടുവരുന്നു ധ്രുവന് ഉത്കലൻ എന്നൊരു പുത്രൻ ഉത്കലൻ ജന്മനാ ജ്ഞാനിയായിരുന്നു അഭൂതൻ രാജപുത്രനായിട്ട് ഇരുന്നിട്ടും ഭ്രാന്തനെ പോലെ ചെവി ചെവി കേൾക്കാൻ വയ്യാത്ത ആളെ പോലെ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ നടക്കും ഇങ്ങനെയുള്ള ആളെ രാജാവാക്കാൻ പറ്റുമോ ഉത്കലനെ പലരും ബുദ്ധിസ്ഥിരതയില്ലാത്ത ആള് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് കരുതിയുന്ന ആ വംശത്തിൽ വേറെ ഒരാളെ രാജാവാക്കി ക്രമേണ ആ വംശത്തിൽ അങ്കൻ എന്നൊരു രാജാവ് വന്നു അങ്കന് കുട്ടികളില്ല യാഗം ചെയ്തു യാഗം ചെയ്തപ്പോ ദേവതകളൊന്നും വന്നില്ല ഭഗവാനെ തന്നെ മനസ്സാ വരിച്ചുകൊണ്ട് വീണ്ടും യാഗം ചെയ്തു ആ യാഗത്തിന് ഫലമായിട്ടൊരു പുത്രൻ ജനിച്ചു പുത്രൻ ജനിച്ചു കഴിഞ്ഞപ്പോ രാജാവിന് വേണ്ടിക്കിടന്നില്ല എന്നായി ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല അപ്പോ എന്താന്ന് വെച്ചാൽ യാഗം ചെയ്ത് ജനിച്ചിട്ടും ഒന്നും നിയമമൊന്നുമില്ല എന്നർത്ഥം ഇവിടെ ഭഗവാൻ നമുക്ക് ചിലപ്പോ നല്ല വഴിക്ക് നമ്മളെ വഴി നയിക്കും ചിലപ്പോ വിപരീതമായിട്ടായിരിക്കും നമ്മളെ ഭഗവാൻ തന്റെ അടുത്തേക്ക് വലിക്കാം ഈ പുത്രന് വേനൻ എന്ന് പേര് വെച്ചു പേരൊക്കെ നല്ല പേരാ ദൂഷ ദൂഷ്യമൊന്നുമില്ല പ്രകാശമാനമായ വസ്തു നോക്കതിന് അർത്ഥമുണ്ടെന്നാ പറഞ്ഞ വേനൻ എന്ന് പേര് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോ രാജാവിന് ഇരിക്കപ്പെടുത്തിയില്ലാതായി ഇവന്റെ ഉപദ്രവം സഹിക്കുകയ്യ മകന്റെ യാഗമൊക്കെ ചെയ്ത് ജനിച്ചിട്ട് ഇങ്ങനെ കുട്ടിയോ നാട്ടിലുള്ളവരൊക്കെ ദിവസം രാവിലെ എണീറ്റാൽ ഈ വേദനയെക്കുറിച്ചുള്ള കംപ്ലയിന്റ് ബോക്സ് ഒന്ന് വയ്ക്കണം സെപ്പറേറ്റ് ദിവസം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും കുട്ടിക്കാലം മുതൽ തുടങ്ങി ചെറിയ കുട്ടിയായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഏർപ്പാടുകൾ അടുത്തുള്ള കുട്ടികളൊക്കെ പിച്ച ഉപദ്രവിക്കുക കല്ലെറിയ ഇതൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് കാണും വലുതാവും തോറും അതേപോലെ വലിയ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി പല വിധത്തിലുള്ള ഉപദ്രവമായപ്പോ ജനങ്ങളൊക്കെ കൂടെ രാജാവിനോട് വന്ന് കംപ്ലയിന്റ് രാജാവിനോ മകനെ കണ്ട പേടിയാണ് ഇങ്ങനെ പറയും ഭയം ഒരു ദിവസം രാവിലെ ബന്ദികളൊക്കെ വന്ന് രാജാവിനെ പാട്ടുപാടി എഴുന്നേപ്പിക്കുകയാണ് രാജാവ് എഴുന്നേറ്റതേ ഇല്ല വാതിൽ തുറന്നു നോക്കുമ്പോ രാജാവ് കാണാനില്ല അബ്സ്കോണ്ടിംഗ് രാജാവില്ല അവിടെ ഒരു ലെറ്റർ മാത്രമുണ്ട് ലെറ്റർ വേനനാണ് തുറന്നു നോക്കുമ്പോ വേനന് രാജാവ് എഴുത്തെഴുതിയിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഇന്ന് ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് എന്നാ സംസാരത്തിൽ വൈരാഗ്യം വരും പുത്രൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം നല്ലതായിട്ട് ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ എനിക്കുണ്ടായ പോലെ വിപരീതമായിട്ട് കഷ്ടം പ്രജാപദേശം വൈ മോഹബന്ധനമാത്മനഹ പണ്ഡിതോ ബഹുമന്യേത ഇതർത്ഥ ക്ലേശതാ വിപരീതമായി കഥപത്യം വരം മന്യേ സദപത്യാസുജാമ്പത എന്തിനുള്ള ആസക്തി വേണമെങ്കിൽ ഇവിടെ അവരവർക്ക് മക്കളും പേരക്കുട്ടികളും ഉണ്ടാവുമ്പോൾ അതിനോടുള്ള അറ്റാച്ച്മെന്റ് മാത്രം ഉപേക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് വിപരീതമായിട്ടുണ്ടായാൽ ആരോ സോക്രട്ടീസിനടുത്ത് ചോദിച്ചു എന്നാ പറയാ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് സോക്രട്ടീസ് പറഞ്ഞത്ര എന്തുകൊണ്ടും കല്യാണം കഴിക്കണം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നല്ല ഭാര്യയായിട്ട് കിട്ടിയാൽ കുടുംബജീവിതം സുഖമായിട്ട് പോകും വിപരീതമായിട്ട് കിട്ടിയാൽ വൈരാഗ്യം വന്നു പോകും രണ്ടു വിധത്തിൽ നല്ലതാണെന്ന് പറഞ്ഞത് രണ്ടു വിധത്തിലാണ് നല്ലതായിട്ട് അപ്പോ വേനൻ പറയുകയാണോ ഇപ്പൊ ഈ തര അംഗൻ പറയാണ് ഈ വിപരീത പുത്രനെ കാരണം എനിക്കിത് ഭഗവാനോട് ഭക്തി വന്നിരിക്കണോ വൈരാഗ്യം വന്നിരിക്കണം ഞാനൊക്കെ ഉപേക്ഷിച്ചു പോണോ എന്ന് അറിഞ്ഞു രാജാവില്ലാതെ രാജ്യഭരണം എന്തു ചെയ്യും എല്ലാരും മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടുമ്പോ ഇപ്പൊ തന്നെ ഒരാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് മീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞു അദ്ദേഹം രാജ്യഭരണം ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ നാട്ടിൽ കള്ളന്മാരൊന്നും ഇല്ല എന്താന്ന് വെച്ചാൽ മൂത്ത ആളല്ലേ മുമ്പിലിരിക്കണം അല്ലെ അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമില്ല പക്ഷെ ഉഗ്രശാസനൂടെ യാഗം ചെയ്യാൻ പാടില്ല യജ്ഞം ചെയ്യാൻ പാടില്ല ഈ കഥയിൽ എന്തോ ഗൂഢാർത്ഥം ഉണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് അവസാനം ഋഷികൾ ഇയാളെ ശപിച്ചു ശപിച്ചപ്പോ ഇയാളങ്ങോട് മരിച്ചു വീഴുകയും ചെയ്തു ഇയാളുടെ ശരീരത്തിനെ അമ്മ സൂക്ഷിച്ചു കുറെ കഴിഞ്ഞപ്പോൾ രാജാവില്ലാതെ വിഷമായപ്പോ വേനന്റെ ശരീരത്തിനെ കടഞ്ഞു കടഞ്ഞ അതിലുള്ള ദുഷ്ടൊക്കെങ്ങൾ മാറ്റി അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാണ് സയൻസ് മാത്രമല്ല അന്നത്തെ കാലത്തോ ഒക്കെ ഉണ്ട് കടഞ്ഞ ആ ദുഷ്ടൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും കടഞ്ഞു രണ്ട് ബാഹുക്കളിൽ നിന്നും ഒരു മിഥുനം ഉണ്ടായി പൃഥു എന്ന പേരിലും അർച്ചിസ് എന്ന പേരിലും ഭഗവാന്റെ അംശമായിട്ട് ഒരു രാജാവും മായിട്ട് രണ്ടു പൊന്ന് രണ്ടുപേർ പൊന്തി വന്നു അതായത് എല്ലാവരുടെ ഉള്ളിലും ഭഗവത് അംശമുണ്ട് അവരുടെ ദുഷ്ടിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവത് സ്വരൂപികളാണ് പൃഥു രാജാവായിട്ട് തീർന്നു പൃഥു രാജാവായതോടുകൂടെ രാജ്യത്തിൽ എല്ലാവർക്കും സന്തോഷം ബന്ദികളൊക്കെ വന്ന് പാട്ടുപാടാൻ തുടങ്ങി ഹേ രാജൻ അങ്ങേ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇത്രയും മഹാത്മാവായ ഒരു രാജാവ് ഞങ്ങൾക്കുണ്ടായല്ലോ എന്ന് പാടുക സാധാരണ ഈ രാജ സദസ്സിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് അവർ ഉറങ്ങി എഴുന്നേക്കുമ്പോ അവരെ പാടണം സദസ്സില് വരുമ്പോൾ പാടണം രാജാതിരാജ രാജ മാർത്താണ്ട് എന്നൊക്കെ പറയും വരണു രാജാവ് വരണൂ എന്നാണ് മന്നവേന്ദ്ര വിളൻകുന്ന് ചന്ദ്രനെ പോലെ നിന്മുഖം അയാളുടെ മുഖം ചിലപ്പോൾ കാണാമുള്ളതായിരിക്കും എന്നാലും പാടണം അത് എഴുതി വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡാണ് അതുപോലെ വന്തികളൊക്കെ പാടി പൃഥുവിനെ കുറിച്ച് ഒരു മഹാത്മാവുണ്ടോ പൃഥ്വ പറഞ്ഞു ദൈവജയതി ഈ സ്തുതി അങ്ങോട്ട് നിർത്ത എനിക്ക് വല്ല കുറ്റങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അപ്പപ്പോൾ എഴുതി എൻ്റെ മുമ്പിൽ വായിക്കുക ഇങ്ങനെ സ്തുതിക്കരുത് ഈ സ്തുതിക്കുന്നവരെ നമ്മളെ നശിപ്പിച്ച് കളയുന്ന ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സ്തുതിക്കും ചില ആളുകൾ അതിൽ എക്സ്പേർട്ട്സാണ് അവർ സ്തുതിച്ചുകൊണ്ടേയിരിക്കും അങ്ങോട്ട് പോയിട്ട് കുറ്റം പറയും അവർ സ്തുതിക്കുന്നതൊന്നും കൂട്ടണ്ട മുമ്പിൽ നിന്ന് സ്തുതിക്കും അങ്ങോട്ട് പോയിട്ട് ദൂഷ്യം പറയും അപ്പൊ ഈ സ്തുതിക്കുന്ന ആളുകളെ വിശ്വസിക്കാൻ പാടില്ല സ്തുതിക്കുന്നവരെ അടുത്ത് വെക്കാൻ പാടില്ല എന്നാണ് ചീത്ത വിളിക്കുക നിന്ദിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കൊരു ശമ്പളം കൊടുത്ത് വീട്ടിൽ തന്നെ വെക്കണം അപ്പൊ ഇവർ ഇടക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കും നമ്മളുടെ ദൂഷ്യങ്ങളും മാത്രമല്ല നമ്മളുടെ അഹങ്കാരം പൊന്തുമ്പോഴൊക്കെ ഇവരൊരു ഉപയോഗമായിട്ടിരിക്കും ചീത്ത വിളിച്ചോണ്ടേ ഇരിക്കുമല്ലോ ദൂഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നല്ല ഉപകാരമായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ഇടക്കിടയ്ക്ക് ഒരു മരുന്നാണ് എന്താന്ന് വെച്ചാൽ ബഹുമാനിക്കും തോറും തപസ്സ് പോകുമത്രേ അപമാനിക്കുമ്പോൾ തപസ്സ് വർദ്ധിക്കുന്നതാണ് അപ്പൊ അസമ്മാനാ തപോവൃദ്ധിഹി സമ്മാനാ തപക്ഷയഹ അപ്പൊ അസമ്മാനം ചെയ്യുന്ന ഒരാളെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കുക പൃഥ്വു പറയണത് നിങ്ങൾ ഇങ്ങനെ എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ഇനിയും അസ്പഷ്ട ഗുണ എന്റെ ഗുണങ്ങളൊന്നും ഇനിയും പ്രകാശിപ്പിച്ചിട്ട് തന്നെ അതിനു മുമ്പ് നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങിയാലോ അതുകൊണ്ട് നിർത്ത രാജ്യഭരണമൊക്കെ ഭംഗിയായിട്ട് നടത്തി പൃഥു ഇപ്പോ ഭൂമി എന്ത് ചെയ്തു പല അസുര തുല്യരായ രാജാക്കന്മാരൊക്കെ ഭരിച്ച് ഭൂമിയിലുള്ള സകല ധാതുക്കളെയും ഭൂമി തന്റെ ഉള്ളിൽ അടക്കിക്കളഞ്ഞു വൃക്ഷങ്ങളിലൊന്നും ഫലിക്കണ ഫലങ്ങളില്ല കൃഷിയില്ല എല്ലാം അടക്കിക്കളഞ്ഞു പൃഥ്വമഹാരാജാവ് ഭൂമിയോട് തന്റെ ധനുസും എടുത്തുകൊണ്ട് ഭൂമിയുടെ മുമ്പിൽ ചെന്ന് നിന്നു പറഞ്ഞു ഞാൻ ഇപ്പൊ ഈ ഭൂമിയെ ഒന്നും പുറത്തേക്ക് വിടുന്നില്ല ഭൂമിയെ മുഴുവൻ ഞാനിതാ ഭസ്മമാക്കേണ്ടതെന്ന് വന്ന് ധനുസും പിടിച്ച് നിന്നപ്പോ ഭൂമി ദേവി പറഞ്ഞു അരുത് ഭഗവാനെ അവിടുന്ന് ഭഗവത് അംശമാണ് നമ പരസ്മൈ പുരുഷായ മാം വിന്യസ്തനാതനവേ ഗുണത്മനേ നമസ്വരൂപാനുഭവേന നിർദ്ധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയേ മൂന്ന് വിധത്തിലാണത്ര നമുക്ക് വിഭ്രമം ദ്രവ്യക്രിയാകാരക വിഭ്രമം ദ്രവ്യങ്ങളൊക്കെ വാസ്തവമാണെന്നൊരു ഭ്രമം എനിക്കെന്തോ കർമ്മം ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഭ്രമം ഞാൻ കർത്താവാണ് ഭോക്താവാണോ എന്നൊരു ഭ്രമം ദ്രവ്യാദ്വൈതം ഭാവാദ്വൈതം ക്രിയാദ്വൈതം ത്രീൻ സ്വപ്നാൻധുനുതേ മുനി സ്വപ്നത്രയം ദ്രവ്യാദ്വൈതം ക്രിയാദ്വൈതം ഭാവാദ്വൈതം എന്നൊക്കെ ഇനി ഇനി സപ്തമസ്കന്ധത്തിൽ പറയുന്നു കാരക ഞാൻ കർത്താവാണെന്നൊരു ഭാവം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ഭാവം ദ്രവ്യങ്ങളൊക്കെ വാസ്തവങ്ങളാണെന്നുള്ള ഭാവം ഈ മൂന്നെണ്ണവും ഭഗവത് അനുഭവം ഉണ്ടാവുമ്പോൾ പോകുന്നു ഇപ്പൊ ഭൂമി എന്തിനാപ്പൊ ഈ സ്തുതി ഈ പറയണതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്തുതിയിൽ സത്യം പറയുക ഒരു സന്ദർഭം ഒരു സ്തുതി ആ സ്തുതിയിലൂടെ പതുക്കെ നമുക്ക് പരമാത്മതത്വത്തിനെ ബോധിപ്പിക്കലാണ് ഭൂമിദേവി പറഞ്ഞു ഭഗവാനെ എന്നെ ആരാണോ രക്ഷിക്കുന്നത് അദ്ദേഹം തന്നെ എന്നെ ശിക്ഷിക്കാൻ പുറപ്പെട്ടാൽ ഞാൻ ആർക്ക് ശരണാഗതി ചെയ്യും ഒരിക്കൽ ശ്രീരാമചന്ദ്രൻ കാട്ടിൽ ധനുസിങ്ങിനെ പിടിച്ച് ഞാണ് കെട്ടുക അപ്പൊ ലക്ഷ്മണൻ ചുവട്ടിൽ നോക്കിയപ്പോ ഒരു തവള അവിടെ കിടന്ന് രക്തം വന്ന് കിടക്കുന്നു ശബ്ദം ഉണ്ടാക്കാതെ തവള അപ്പൊ രാമൻ ആ തവളയെ നോക്കിയിട്ട് പറഞ്ഞു എന്താ മണ്ടൂകമേ നീ ധനുസിന്റെ ചുവട്ടിൽ ഇന്നൊന്ന് നിലവിളിച്ചുടേ നിലവിളിച്ചാ ഞാൻ താൻ ചുവട്ടിലുണ്ടോന്നറിയാതെ അല്ലേ ഈ ധനുസ് വെച്ച് ഞാൻ അമർത്തിയത് അപ്പൊ ആ തവള എനിക്ക് ലോകത്തിലുള്ളവരിൽ നിന്നൊക്കെ വിഷമം വരുമ്പോ രാമാ രാമെന്ന് ഞാൻ വിളിക്കും രാമനെ എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ ആരെ വിളിക്കും ഭൂമിദേവി പറഞ്ഞു ആരാണോ എന്നെ രക്ഷിക്കേണ്ടത് ആ ഭഗവാൻ തന്നെ ഇപ്പൊ യുദ്ധത്തിന് വന്നപ്പൊ ഞാൻ ആരെടുത്തു പോയി കരയും പിന്നീട് ഭൂമി തന്റെ ഉള്ളിലുള്ള സമ്പത്തൊക്കെ പുറമേക്ക് വിട്ടുകൊടുത്തു സമൃദ്ധമാക്കി തീർത്തു രാജ്യം അങ്ങനെ പൃഥു രാജ്യത്തിനെ സമൃദ്ധമായി രാജ്യഭരണം ചെയ്തു ൂറ് യാഗം ചെയ്യാൻ പുറപ്പെട്ടു തൊണ്ണൂറ്റി ഒമ്പത് ആയപ്പോ ഇന്ദ്രൻ ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് വന്നിട്ട് ഒന്നിൽ ആ ഗേറ്റ് കൂടെ വരും അല്ലെങ്കിൽ ഈ ഗേറ്റ് കൂടെ വരും ഈ ഗേറ്റ് കൂടെ വരും ഏതെങ്കിലും വഴിക്ക് വന്ന് യാഗത്തിനുള്ള അശ്വത്തിനെ അപഹരിച്ചുകൊണ്ട് പോകും അവിടെ കാവൽ നിർത്തിയാൽ ഈ വഴിക്ക് വരും ഇവിടെ കാവൽ നിർത്തിയാ ആ വഴിക്ക് വരും ഏതെങ്കിലും വഴിക്ക് വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ട് കുതിരയെ കട്ടോണ്ടുപോകും ഇന്ദ്രൻ അവസാന ഇന്ദ്രനെ അങ്ങോട്ട് ഹോമിക്കാൻ തീരുമാനിച്ചു അഗ്നിയില് അപ്പൊ ഭഗവാൻ ആവിർഭവിച്ച് പറഞ്ഞു അരുത് ഇന്ദ്രനും എന്റെ ആദേശപ്രകാരമാണ് വന്നിരിക്കുന്നത് ഭഗവത് അംശമായിട്ടാണ് വന്നിരിക്കണത് തനിക്കെന്തിനാപ്പൊ ദൂറിയാകും തൊണ്ണൂറ്റിയൊമ്പതായിട്ട് നിൽക്കട്ടെ ചിലപ്പോഴൊക്കെ പൂർണ്ണമായ അതിന്റെ ഒരു അഭിമാനവും അഹങ്കാരവും വരുക അതൊന്നും ഇപ്പൊ തനിക്ക് ആഗ്രഹമില്ലല്ലോ അതൊന്നും വേണ്ട തൊണ്ണൂറ്റിയൊമ്പത് ഏകോനശതക്രതുമായിട്ട് നിൽക്കട്ടെ ഇന്ദ്രനെ ആലിംഗനം ചെയ്തു പൃഥുവിനോട് ഭഗവാൻ ചോദിച്ചു എന്ത് വരമാ വേണ്ടത് പറയൂ എന്താ വേണമെങ്കിൽ ചോദിക്കാൻ ഞാൻ തരാം ഹരിത പ്രഭു എന്നോട് വരം ചോദിക്കൂ എന്ന് പറയരുത് വരാൻ വിഭോത്വരദേശ്വരാദ് കഥം വൃണീത്തെ ഗുണവിക്രിയാത്മനം ഏനാരകാണമി സന്തി കൈവല്യ പതേ വൃണേന ചൈവല്യമേ സ്വരൂപമായിരിക്കുന്ന പ്രഭു അങ്ങയെ മുമ്പിൽ കണ്ടിട്ട് ആരെങ്കിലും അറിവുള്ള ആൾ വരം ചോദിക്കൂ എനിക്ക് വരമൊന്നും വേണ്ട നരകത്തിലു പോലും കിട്ടുന്ന സുഖങ്ങളെ ആരെങ്കിലും വരം ചോദിച്ചു വാങ്ങിക്കുമോ നമയേനാഥ തതപ്യഹം എത്ര യുഷ്മരണാഭുജാസവ എത്ര ഉന്നതമായ സുഖസമൃദ്ധമായ ലോകമാണെങ്കിലും ശരി എവിടെ ഭഗവാന്റെ ഭക്തിയാകുന്ന ഭഗവത് കഥകളാകുന്ന ആസവം എത്ര നല്ല ലോകമാർന്നാലും ശരി എങ്ക ഭഗവത് കഥ കിടക്കാതോ അത് ലോകം ദേവ ലോകമാണ്ടാങ്ക്ൃത് മഹാരാജോ സ്തുതി മുഖ്യം ഭാഗവതത്തിലെ പൃഥ്വോടെ പ്രാർത്ഥന പൃഥ്ദുട്ട എന്ന വരം വേണം കേക്കി ചരമേ വേണ്ട ആണ് പ്രാർത്ഥന പണ്ടേ ഇനിയൊരു ജന്മാ എങ്ക ഭഗവത് കഥകളെ കേക്ക മുടാ ഏതോ ഒരു രാജ്യത്തിലെ എന്നെ പറക്ക വെച്ചൂടേ സാധുക്കളേ കിടക്കാതെ ഒരു രാജ്യത്തിൽ പോയി പറക്ക വെച്ചൂടാതെ ോ ലോകോപിതം ദേവ ലോകമാരി എങ്കു സങ്കം ഇല്ലയോ നവസം വസേത് അങ് ഒരു അത് മാറി ജീവിക്കൂടാതെ ദുസ്സംഗം ഇടത്തിൽ പോയി എന്നെ പറക്ക വെച്ചൂടാതെ വേണം മഹത്തമാന്തര ഹൃദയാന് കർണായുധം എനിക്കൊരു പതിനായിരം കാതു കൂടെ ഒരു പതിനായിരം ചെവി തരുന്ന് ചോദിക്കാം അന്ന്തിനെ പറഞ്ഞു നമ്മളത് ഓരോ കോശം കൊണ്ടും ഞാൻ ഭഗവത് കഥകൾ കേൾക്കണം അത് എപ്പിടി കൾക്കണം മഹത്തമ അന്തർ ഹൃദയത് മുഖക്ഷത മഹാനുകൾ വന്ന് അന്തർഹൃദയത്തില അനുഭവിക്കൂട അനുഭവം വാർത്തനാലണം പ്രെയിൻ വരപ്പെടാതും ഹൃദയത്തിലേക്ക് വരണ അവ വായിക്കും ഹൃദയത്തി കണെക്ഷൻ പ്രെയിനുക്കും വായിക്കുമാല്ലെ അന്തർ ഹൃദയത്തിലേ കഥകളെ നാം പതിനായിരം കാതാ കേശത്തിനാലും കേക്കണം എൽ അപ്പൊ അർത്ഥം ഇന്നയോ കേട്ട് രസിക്കാം പാത്തണ്ട് തൊഴിലുണ്ട് രസിച്ചിണ്ട് അവർ കിട്ടാൻ പയന് പാർ ഒരു അടി കിട്ടുന്നവള് പോട്ടത്തിലെ വിഷ്ണു അമ്മമാർ തന്നെ നീങ്ങി ഉണ്ടെ കേക്ക ഭഗവത് കഥ കേറു അപടി ഒരു രസം ചിലവരെല്ലാം കഥ ചൊല്ലിന്റെ എഴുന്നിടത്തിൽ എഴുന്നസാനുഭവത്തെ അപ്പൊ രസിച്ചു അത് ചെവിക്ക്ള്ള ഭഗത് കഥകൾ ഹൃദയത്ത് പോക ഉടമ്പ പൂരാ അസങ്കം അപ്പൊ ഒരു രസത്തിലണുമാൻ വന്ന് യുദ്ധത്തിൽ രാവണൻ വന്നോ കൈരുട്ടി ഒരു ഇടി രാവണുക്ക് അതോ അറേ അരഞ്ഞാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് യാരുമേ കഥ കേക്കേ മാറ്റി ഒരു രസം കഥാശ്രമത്തിൽ അപ്പൊ ഒരു രസം ഇന്ത്യ എത്ര വർഷം കേട്ടാലും പോരാത് എത്ര വാട്ടി കേട്ടാലും പോരാ മഹാത്മാ ഒരു ശിഷ്യർ ഇരുപത്തി നാല് വർഷമാ അവരുടെ ഭാഗവതം രാമായണെല്ലാം കേട്ടിട്ട് ഇവത്തി നാല് വർഷം അനപ്പുറം ഒരു സ്ലോകം കൂടെ അവർ ബൈഹാർത്താ ചെന്നത് അവർ കേക്കലെ കേട്ടിട്ടേ രക്ഷിച്ചു കേട്ടിട്ട് ഇവത്തി നാല് വർഷത്തി അപ്പം അത് ഗുരു കൂപി കേട്ടാർ ഇരുപത്തി നാല് വർഷമാല്ലിണ്ടേക്കണം നാ കേട്ടേക്കണം സ്റ്റാക്ക് തീർന്നു കൊടുത്താ നാ കിമ്പറേ ഇല്ല എനിക്ക് താ പോ അപ്പൊ അടുത്ത നാ കളമ്പേ രണ്ടും ആക പോലെ കേട്ടിട്ടേ ഇക്കേണ ഇപ്പിടി ഉന്ന പോ അപ്പൊ രസിക്കുന്ന ഒരു ആട് രസിക്കഗവത് കഥയെ രസിക്കുന്നവ ഭാവത്തോടെ രസിക്കുന്നവ ഇറ അന്ത മാറി രസിക്കണം മഹത്തമാന്തൃദയ മുഖത് വിതസ്വ കർണായുധം കഥാശ്രവണം മാത്രമല്ല ആത്മവിദ്യയാണെങ്കിലും അതെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന അനുഭൂതിയിലിരുന്നു കൊണ്ട് അത് പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് ഒരു പതിനായിരം ചെവി വേണം അംഗം മുഴുവൻ ശരീരം മുഴുവൻ കൊണ്ട് ശ്രവണം ചെയ്യണം വേദാന്ത ശ്രവണത്തിൽ അങ്ങനെ ഒരു രുചി ശ്രവണാധിപരുദ്ദീപ്ത ജ്ഞാനാഗ്നി പരിതാപിത എന്താന്ന് വെച്ചാൽ ആത്മവിദ്യയാണോ ചോദിച്ചത് എന്നുള്ളതിന് തെളിവ് എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഇപ്പൊ തന്നെ ഇനിയിപ്പോൾ സനക സനന്ദൻ സനത്കുമാരാന്ദ്യളെയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ പൃഥ്വിന് ആത്മതത്വോപദേശം ചെയ്യുന്നു ആ ആത്മതത്വ ശ്രവണം ചെയ്യാൻ അനുഗ്രഹം ചെയ്യുമോ കേട്ട് കേട്ട് ഞാൻ രസിക്കട്ടെല്ലാം ചിലപ്പോൾ മഹാത്മാക്കള് ചിലരുടെയൊക്കെ ആ വാക്കുകൾ ആ കേൾക്കുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാകും അതാണ് വിവേകാനന്ദ സ്വാമികൾ പ്രഭാഷണം ചെയ്യുമ്പോൾ ജ്ഞാനയോഗം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജ്ഞാനയോഗ പ്രഭാഷണത്തിന് അന്തരീക്ഷമേ മാറിപ്പോകുന്നു കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയുന്നത് ജ്ഞാനമാണെങ്കിലും ഈ ഭജനയ്ക്കൊക്കെ ഡാൻസ് ചെയ്യുന്ന പോലെ നർത്തനം ചെയ്യുന്ന പോലെ ആളുകൾ ഇടകോത്ര ആ ജ്ഞാനത്തിന്റെ രസത്തിൽ ജ്ഞാനാനുഭൂതിയുടെ രസത്തിൽ ഒരിക്കൽ വളരെ ഉയർന്ന തലത്തിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് ഇങ്ങനെ നിർത്തി അദ്ദേഹം പോയി മുറിയിൽ ചെന്ന് വാതിലടച്ചു കുറെ നേരത്തെ ശിഷ്യന്മാർക്കൊക്കെ എവിടെയോ പോയിട്ട് ചോട്ടിൽ വന്ന പോലെ ആയി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർ ചെന്ന് ചോദിച്ചു സ്വാമി എന്താ ഇങ്ങനെ പകുതിയിൽ നിർത്തിയിട്ട് പോയത് ഉയർന്ന തലത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ സത്സംഗത്തിന് അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച ചില ആളുകൾ എഴുതിയിട്ടുണ്ട് തൗസൻഡ് ഐലൻഡ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തമ്മിൽ കൂടിയിരിക്കുമ്പോ ചിലപ്പോ രാത്രി സമയത്ത് ഇങ്ങനെ സത്സംഗം തുടങ്ങും പ്രഭാഷണമൊന്നുമല്ല ഇങ്ങനെ പറഞ്ഞു തുടങ്ങും ഇവർ കേട്ടുകൊണ്ട് ചിലപ്പോ നേരം വിളിച്ചു പോയിട്ടുണ്ടാവുന്ന സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും അറിയില്ല അത്രയും നേരം ഈ ദിവസം ചെന്ന് വാതിലടച്ചപ്പോൾ സ്വാമി പറഞ്ഞു ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സൊക്കെ എന്റെ കയ്യില് മെഴുകുപോലെ ആയിരിക്കണം ഞാൻ എന്ത് പറഞ്ഞു അത് അവരനുസരിക്കും ഇപ്പൊ അവരെ സന്യാസികളാവാൻ പറഞ്ഞാൽ സന്യാസികളാവും എല്ലാം ഉപേക്ഷിക്കും പറഞ്ഞാൽ ഉപേക്ഷിക്കും പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ലാന്ന് എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യണം ഒരാളുടെ മനസ്സിനെയും എന്റെ കയ്യില് വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിർത്തിയിട്ട് പോയി വാതിലടച്ചത് മുറിയിലാണ് അത്തരത്തിലുള്ള സത്സംഗ ശ്രവണം അതാണ് അന്തർഹൃദയാത് മുഖുത അന്തർഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ പുറമേക്ക് അങ്ങോട്ട് ഒഴുകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഗംഗ യഥാർത്ഥ ഗംഗ രാമായണ മഹാനദീ ഗംഗ എന്താ മഹാത്മാക്കളുടെ വാക്കുകളാണ് ഇതിനൊരു തമാശയായിട്ട് പറയും വിവേകാനന്ദ സ്വാമിയുടെ തന്നെ ഒരു കഥയുണ്ട് ഒരു ഗുരു രാമായണം പറയൂ അത്രേ കൂടെ ഒരു ശിഷ്യം ഇപ്പൊ എല്ലായിടത്തും പോയി കഥയൊക്കെ പറയും ഈ ശിഷ്യനും കൂടെ ഉണ്ടാവും ശിഷ്യൻ ഗുരുവിനോട് പറ്റിയ ഗുരുവിന് പറ്റിയ ശിഷ്യനാണ് ഒന്നാം തരം ശിഷ്യൻ ഇപ്പൊ ശിഷ്യനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് രാമായണം പറയണത് ഒരു ദിവസം ശിഷ്യനോട് ചോദിച്ചു ശിഷ്യ ഞാൻ പറയണതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കഥയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു ഗുരുനാഥക്കെ നന്നായിരുന്നു പക്ഷെ ഈ വായെന്ന് തെറിക്കണത് ഉണ്ടല്ലോ മുമ്പിലിരിക്കുമ്പോ അതിരി വിഷമുണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു ഡോ നീ എന്താ ധരിച്ചിരിക്കണത് ഈ വായി തുപ്പലാണോ ധരിക്കണത് ഇത് ഗംഗയാണ് രാമായണം പറയുന്ന വായണം ഗംഗയാണോ വരണത് ഓ അതെനിക്ക് അറിഞ്ഞില്ലാന്ന് പറഞ്ഞു അടുത്ത ദിവസം അദ്ദേഹം ഒരു പൊതിയും കൊണ്ടുവന്നു സ്വാമി ഒന്ന് വായു തുറക്കണം വന്നു എന്താണത് പഞ്ചസാരയാണോ ആ വായി തുറക്കും ഞാൻ പറയാമെന്ന് വായി കിട്ടും കച്ചിട്ട രേക്ഷയില്ല ഇത് എന്താ എന്റെ അമ്മ പരമഭക്തയായിരുന്നു അവര് മരിക്കുമ്പോ പറഞ്ഞു എന്റെ അസ്ഥി ഗംഗയിൽ കൊണ്ടുപോയി കലക്കണം എന്ന് പറഞ്ഞു ഇത്ര കാലമായി എനിക്ക് കാശിക്ക് പോകാൻ പറ്റില്ല ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ വാങ്ങില്ല ഇപ്പോഴാണ് കിട്ടിയത് ഹൃദയത്തുനിന്ന് വരുന്ന അനുഭവമാണ് ഗംഗ മഹത്തമാന്തർ ഹൃദയാന്മുഖ്യുതോ വിധത്സ്വർണായുതമീഷമേവര ഭഗവത് കഥകള് ശ്രവണം ചെയ്യാൻ ഒരു പതിനായിരം ചെവി തരൂ എന്ന് മഹാരാജാവ് ചോദിച്ചു ഭഗവാൻ പൃഥുവിനെ അനുഗ്രഹിച്ച് കുറച്ച് നേരം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞു സനദ്കൻ സനന്ദനൻ സനത്കുമാർ ആദികളൊക്കെ അവിടെ വന്നു സനത്കുമാറിന്റെ ഉപദേശം നമ്മൾ പിന്നെ കാണാം ഇനി കുറച്ച് അധ്യായങ്ങൾ വായിക്കുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം